ആർത്തന്മാർ ദുഃഖത്തിൽ നിന്ന് ദുഃഖിതന്മാരായിട്ടുള്ളവർ അതിൽ തന്നെ രണ്ട് തലങ്ങളുണ്ട് ഇപ്പൊ നാരദ ഭക്തി സൂത്രത്തിൽ നാരദര് ഭക്തന്മാരുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ ആർത്തനും ജിജ്ഞാസവും അർത്ഥാർത്ഥയും ജ്ഞാനിയെയും കുറിച്ച് പറഞ്ഞിട്ട് ഉത്തരസ്മാദ് ഉത്തരസ്മാദ് പൂർവാപൂർവ ശ്രേയായ ഭവതി എന്നവിടെ ഒരു സൂത്രമുണ്ട് ഉത്തരസ്മാദ് ഉത്തരസ്മാദ് മുൻപ് മുൻപ് പറയപ്പെട്ടിട്ടുള്ളതിൽ ശ്രേയായ ഭവതി ശ്രേഷ്ഠന്മാരെന്ന് ഗണിച്ചു കൊള്ളണം എന്ന് അപ്പൊ ഇത് അടിമേലമറിയുന്നൊരേപ്പാടാണ് അതായത് രണ്ടു വിധത്തിലുണ്ട് ദുഃഖം ഇപ്പൊ വിനോബാജി ആലിപ്പൂർ ജയിലിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ വിനോബാജി ക്ഷമിക്കണം നമ്മുടെ മഹർഷി അരവിന്ദൻ ജയിലിലേക്ക് പോയിട്ടുള്ള ആളല്ല പുറത്തേക്ക് വന്നതുപോലെ പുറത്തേക്ക് വരുന്നത് മഹർഷിയാണ് അദ്ദേഹത്തിന്റെ ദുഃഖം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അതുമല്ലാത്തൊരു ദുഃഖമായിരുന്നു അതല്ല ഒരു രോഗിക്ക് എന്തെങ്കിലും വരുമ്പം വീട്ടിലുണ്ടാവുന്ന ദുഃഖം രണ്ടും രണ്ടാ വിവേകാനന്ദ സ്വാമികളുടെ ദുഃഖം രാമകൃഷ്ണദേവന്റെയൊക്കെ ദുഃഖം അല്ലെങ്കിൽ മഹാത്മാക്കളുടെ ദുഃഖം അത് വേറെയാ നമ്മുടെ ദുഃഖം അത് വേറെ ദുഃഖങ്ങൾ തന്നെ പലതുണ്ട് ആർത്തഹ അങ്ങനെയുള്ള ദുഃഖിതർ വരുന്നു എന്നെ സമീപിക്കുന്ന ഒരു കൂട്ടരാണ് അപ്പൊ ചെറിയ കുട്ടി മുതൽ ചെറിയ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടെങ്കിൽ ഭഗവാനോട് പറയും ദുഃഖത്തിൽ ദുഃഖം മാറാനാണല്ലോ പറയുക നിങ്ങൾ ചെറിയ കുട്ടിക്ക് പെൻസിൽ എന്താ ചായം ചായം പെയിന്റ് വേണമെന്ന് പറഞ്ഞിട്ട് പെയിന്റ് വേണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ആ കുട്ടിയുടെ ചേച്ചി അമ്മ പറയും നീ ഭഗവാനോട് പറഞ്ഞോ ദുഃഖങ്ങളൊക്കെ തീർക്കുന്ന ആളാണ് ഭഗവാനെന്ന് പറഞ്ഞു എന്നാൽ ശരി ഞാനിപ്പോൾ എങ്ങനെയാ പറയാ അത് എങ്ങനെയാ ചേച്ചി പറഞ്ഞു നിനക്ക് ഞാനൊരു കത്ത് ഇല്ലെങ്കിൽ തരാം നീ അതിൽ എഴുതി വിട്ടാൽ മതി ഭഗവാൻ അത് ചോദിക്കും അങ്ങനെ അവൻ ചെയ്തു എന്നാ പ്രിയപ്പെട്ട ദൈവമേ എനിക്ക് ചായ ചായത്തിനുള്ള പെയിൻറ്റ് സാമഗ്രിയൊക്കെ മേടിക്കാൻ കാശു തരണം ഞാൻ അങ്ങയുടെ ചിത്രം വരച്ച് വരച്ചു ചായ തീർന്നു അതുകൊണ്ട് എനിക്ക് പറഞ്ഞിട്ട് അപ്പൊ ദൈവത്തിൻ്റെ അഡ്രസ്സ് അറിയുമോ ചോദിച്ചപ്പോൾ അവൻ എഴുതി അഡ്രസ്സ് എൻ്റെ ടു മിസ്റ്റർ ഗോഡ് അത് എവിടെയായിരിക്കും എല്ലാ എല്ലാവർക്കും ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ് അപ്പൊ ഡൽഹിയിൽ എന്തായാലും ദൈവത്തിന് ഒരു ഓഫീസ് ഇല്ലാതിരിക്കില്ല ഒരു എക്സ്റ്റെൻഷൻ കൗണ്ടർ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ അവൻ ടു ഡൽഹി പിന്നെ ആ പിൻകോഡിൽ അവൻ ശൂന്യ ശൂന്യ ശൂന്യ ശൂന്യൊക്കെ എഴുതി അവൻ അങ്ങോട്ട് അയച്ചു എന്നാണ് വളരെ രസമാണ് സംഭവം അവിടെ ഡൽഹിയിലെത്തി ഡൽഹിയിൽ ഈ തിരിഞ്ഞു കളിക്കുന്ന കത്തുകളൊക്കെ എത്തുന്ന സ്ഥലമുണ്ട് I don't know if I had an address. At the time of the time Mr. Gordon, Mr. Gordon says, Mr. Gordon says, I am a dev. If I am a dev, I am a dev. He is a dev. He is forwarded to PM's office. He is in the office of the PM's office. He is in Malayana. He is a dev. അപ്പോൾ ആരോ വിളിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു മലയാളത്തിലേക്ക് പറഞ്ഞു ഓ പ്രിയപ്പെട്ട ദൈവമേ സംബോധന തന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി അങ്ങയുടെ ചിത്രം വരച്ചു വരച്ചു ചായം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ വലിയ സന്തോഷമായി കാരണം ഈ നെഹ്റു ഫാമിലി മുതലേ അവർക്ക് ചിത്രം വര വലിയ ഇഷ്ടമാണ് പിന്നെ എനിക്ക് ചിത്രം വരയ്ക്കാൻ ഒരു നൂറ് രൂപ ആവശ്യമുണ്ട് അപ്പൊ അദ്ദേഹത്തിന് കൗതുകം തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു ഏതായാലും അയച്ചു കൊടുത്തേക്കാണ് പറഞ്ഞു നൂറ് രൂപ വേണ്ട ആ കുട്ടിയല്ലേ അമ്പത് രൂപ പ്രോത്സാഹന സമ്മാനം എന്ന കുട്ടിക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി പക്ഷെ കുട്ടി ഉടനെ വേറൊരു കത്ത് ദൈവത്തിന് മറുപടി അയച്ചു എന്നാൽ മറുപടി ഇതേ അഡ്രസ്സിൽ വന്നത് ഇതാണ് ദൈവമേ എനിക്ക് ഇത് കിട്ടി എന്താ പറയുക അങ്ങയുടെ കാശൊക്കെ കിട്ടി വളരെ സന്തോഷം പക്ഷേ എനിക്ക് ഒരു അപേക്ഷയുണ്ട് അങ്ങയോട് ഇനി കാശ് എനിക്ക് നേരിട്ട് അയച്ചാൽ മതി രാജീവ് ഗാന്ധി മുഖാന്തരം അയക്കേണ്ട അയാൾ അമ്പത് രൂപ എടുത്ത് അമ്പത് രൂപയൊക്കെയാണ് മേൽ എന്റെ അഡ്രസ് ഞാൻ താഴെ അപ്പോ ആരാണ് ർത്തഹ ദുഃഖിതനാണ് അത് കുട്ടിയെ കുട്ടി പോലും ദുഃഖത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടണം അത് ശരിയാവും എന്നൊക്കെയുള്ള ഭാവനയില്ല ജിജ്ഞാസു ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ആരാണ് ജ്ഞാനിച്ചു അറിയാൻ ആഗ്രഹമുള്ളവൻ ഇവൻ ധർമ്മത്തിന്റെ പുരുഷാർത്ഥത്തിൽപ്പെടുന്നു ഭഗവാനെ അറിയണം ആരാണ് ഈശ്വരൻ എനിക്കറിയണം എന്ന് ഭാവനയോടുകൂടി തന്നെ സമീപിക്കുന്നവൻ ജിജ്ഞാസു പിന്നെ ഒരുവനോ അർത്ഥാർത്ഥി അർത്ഥലാഭം ഉള്ളവൻ അവൻ അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു ധനം കിട്ടണം അവന്റെ ബിസിനസ് അധികാവണം രാവിലെ തന്നെ ഗണപതിക്ക് കട തുറന്നു കഴിഞ്ഞാൽ ചന്ദനത്തിരി ഇതിങ്ങനെ വെച്ചിതാക്കുന്ന എന്തിനാ എന്ന് എല്ലാവരും വരണേ പിന്നെ ഈ ചന്ദനത്തിരി കൊണ്ടുപോയിട്ട് കണ്ടിട്ടുണ്ടോ ക്യാഷ് ബോക്സ് തുറന്നിട്ട് അതിലൊരു ഒഴിച്ചില്ല എന്നിട്ട് അതടയ്ക്കും പിന്നെ അണ്ടുന്നു അതിലൊരു പിന്നെ ബാങ്കിന്റെ പാസ്ബുക്കിൽ ഒരു ഒഴിച്ചില് അല്ല നട കൊടുക്കാനുള്ളവരുടെ അങ്ങോട്ടേക്കൊന്നും കൊണ്ടുപോവില്ല കിട്ടാനുള്ളതിനെങ്ങനെ എഴുതുകൊണ്ടിരിക്കും കിട്ടാനുള്ളതിന്റെ ചന്ദനത്തിരൊക്കെ വയ്ക്കുന്നത് തന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അത് വലിയ രസമാണ് നിങ്ങളൊരു ഗവേഷണം നടത്തി കഴിഞ്ഞാൽ കള്ളുഷാപ്പിൽ പോലും ആദ്യം കള്ളെടുത്ത് വയ്ക്കുന്നത് ഭഗവാനാണ് നല്ല കുടിയന്മാർ ഇന്ന് വരണേ എന്നാണ് അവരവർ അവരവരുടെ എന്താ ഒരു പ്രകാരത്തിൽ അവർ ഭഗവാനെ അവരുടെ അർത്ഥലാഭം അതിനുവേണ്ടി ഭജിക്കുന്നു ഭഗവാനെ അവർക്ക് അങ്ങനെ ഓരോന്ന് വേണം ഇനിയോ ജ്ഞാനി ജ്ഞാനി എന്ന് പറഞ്ഞാൽ മോക്ഷയച്ചു ആ ഭഗവാനായി തീരാൻ ആഗ്രഹിക്കുന്നവൻ ഇങ്ങനെ ദുഃഖിതൻ ജ്ഞാനേച്ചു അർത്ഥലാഭത്തിനായിട്ടുള്ളവൻ ജ്ഞാനി പരമജ്ഞാനി ൃതിന ഇവരൊക്കെ സുഹൃതികളാണ് സുഷ്ടും കൃതം നല്ല വണ്ണം കാര്യങ്ങൾ ചെയ്യുന്നവരാ നന്മ ചെയ്യുന്നവരാണ് ഇവരെല്ലാം ചതുർവിധാഹ ജനാഹ ഈ നാല് പ്രകാരത്തിലുള്ള ജനങ്ങൾ മാം എന്നെ ഭജന്തേ ഭജിക്കുന്നു ഇവരെല്ലാം തന്നെ എന്നെ ഭജിക്കുന്നു ഇതിലാര കേൻ എന്നാണെങ്കിലോ ഭഗവാന് കുറച്ച് താല്പര്യ ആരോടാണ് ഭഗവാൻ പറയുന്നു നോക്കാം ु एकष्यो प्रिय तीयुक्ता एक विशिष्य प्रिय अत्य अहम स च मम ിയ തേഷാം തേഷാം എന്ന് പറഞ്ഞ അവരുടെ കൂട്ടത്തിൽ ആരുടെ ഈ നാല് വിധത്തിലുള്ള ഭക്തന്മാരുടെ കൂട്ടത്തിൽ നിത്യുക്ത എപ്പോഴും സമഭാവം ഉറച്ചിട്ടുള്ള ഇളക്കമില്ലാത്ത ചാഞ്ചാട്ടമില്ലാത്ത ഏകഭക്തി ആ ഒരൊറ്റ ഭക്തി ഏകഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ഈശ്വരന്മാരിൽ പോയിട്ട് ഈശ്വരൻ പലതുണ്ട് എന്നൊക്കെയാണല്ലോ ഗണപതി വേറെ സരസ്വതി വേറെ സുബ്രഹ്മണ്യം വേറെ അങ്ങനെ പലതായിട്ട് പോ പല ഭാവങ്ങളിൽ ഭാവന ചെയ്യുന്നവൻ അത് ഒഴിവാക്കി ഒറ്റ ഭാവത്തിൽ ഭാവന ചെയ്യുന്നവൻ എന്നല്ല ഏകഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭക്തി കാരണം വൈവിധ്യങ്ങളാണ് ഈ വിശ്വം വൈവിധ്യമാണ് ഈ വൈവിധ്യത്തെ കോർത്തിരിക്കുന്ന ചരടിൽ ശ്രദ്ധയുള്ളവൻ അതാണ് അല്ലാതെ തരുന്ന നാമത്തെയോ രൂപത്തെയോ സത്യമായിട്ടല്ല അതുകൊണ്ട് മനസ്സിലാക്കണം ഏകഭക്തി താനും ഈശ്വരനും ഒന്നാണ് എന്ന ഉറച്ച അറിവ് അതാണ് ഏകഭക്തി അവൻ ആരാണ് ജ്ഞാനി അങ്ങനെയുള്ള ജ്ഞാനി ആത്മജ്ഞാനി വിശിഷ്യത അവൻ വിശേഷപ്പെട്ടവനാണ് എന്ന് പറയണം അവൻ കുറച്ച് കേമന നല്ല അറിവുണ്ട് എന്ന് അറിവിൽ അവൻ എല്ലാറ്റിനെയും ഹോമിച്ച് അറിവിൽ അങ്ങനെ ആനന്ദത്തോടുകൂടി ഇരിക്കുന്നു അതുകൊണ്ട് എനിക്ക് അവനെ വലിയ കാര്യ മറ്റവൻ ഏത് നേരം ഇങ്ങനെ ഓരോന്നും വിളിച്ചുകൊണ്ടിരിക്കും ഭഗവാനെ അത് തരണേ ഈ ഞാനി ഒരിക്കൽ പോലും ഭഗവാനെ വിളിക്കില്ല വിളിക്കേണ്ട ആവശ്യമില്ല അയാൾക്ക് അയാൾ ആ ക്ഷേത്രത്തിലൊക്കെ പോയാൽ ഉണ്ടാതെ ഇരിക്കും അവിടെ മറ്റവരിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചിലർ കണ്ടിട്ടുണ്ട് അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് അവിടെ ബഹളം ഉണ്ടാക്കേണ്ട ഒരേ ആവശ്യമില്ല ശരിക്കും പറഞ്ഞ ണ്ടാതെ പോയിരുന്ന പോവെ ഇരിക്കുക നിൽക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം അഹം ജ്ഞാനിനഹ അത്യർത്ഥം പ്രിയഹാഹി ഭഗവാൻ പ്രിയപ്പെട്ടവരില്ല എന്നൊക്കെ ഭഗവാൻ പറയും എന്നാലും ജ്ഞാനിയുടെ കാര്യം വരുമ്പോ ഭഗവാൻ ഒരു വല്ലാത്ത ഒരുതാ ചിലപ്പോ പറയാറില്ലേ അമ്മയ്ക്ക് അങ്ങനെ പ്രിയപ്പെട്ടവരൊന്നില്ല എന്നൊക്കെ അമ്മ പറയെങ്കിലും എനിക്കറിയാം അവളോട് അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് ചിലപ്പോൾ കുട്ടികൾ പറയാറുള്ളതാണ് ചേച്ചിയോടമ്മയ്ക്ക് അല്ലെങ്കിൽ അനിയനോടമ്മയ്ക്ക് ഇന്നാളോട് അമ്മമാർക്ക് അങ്ങനെയൊന്നും പാടില്ല എന്നാലും അതുപോലെ ഇവിടെ ഭഗവാന് വേദചിന്ത പാടില്ലാത്തതാ എന്നാലും ഭഗവാൻ അറിയാതെ പറഞ്ഞു പോവുക എന്താ പറയുന്നത് അഹം ജ്ഞാനിനഹ അത്യർത്ഥം പ്രിയഹാ ഹി ഞാൻ ജ്ഞാനിക്ക് അതിനെ ഭഗവാനൊന്ന് തിരിച്ചിട്ടാ പറയുന്നത് ഞാൻ ജ്ഞാനിക്ക് അത്യന്തം പ്രിയനാണ് അതുപോലെ സഹ അവൻ മമജ പ്രിയ എനിക്കും അവൻ പ്രിയപ്പെട്ടവനാ ആരാണ് ഭഗവാന് പ്രിയപ്പെട്ടവർ ഭഗവാന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് ആരെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇതാ നമ്മളോട് ഇപ്പൊ ഈ എന്താ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് പറയുകയാണ് എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആരാ ഈ പ്രിയപ്പെട്ട ആൾ എന്നറിയാൻ ഒരു എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ പേരെടുത്ത് വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവില്ലേ അതോ എല്ലാവരും പറഞ്ഞു കിടക്കില്ലേ എനിക്ക് പ്രിയപ്പെട്ട ആളാണ് പ്രധാനമന്ത്രി എന്റെ വേണ്ടപ്പെട്ട ആളാണെന്ന് അങ്ങനെ എല്ലാവർക്കും പറയാം അതേസമയത്ത് അദ്ദേഹം പറയണ ഒരാൾ ഇതാ ഇയാൾ എന്റെ പ്രിയപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇപ്പൊ പറയണം ഇവൻ എന്റെ പ്രിയപ്പെട്ടവൻ ആര് ജ്ഞാൻ അവനൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഞാനും അവനും തമ്മിൽ വളരെ സൗഹൃദത്തില കാരണം ഞങ്ങൾ രണ്ടും രണ്ടല്ല എന്ന് പറയും അതുകൊണ്ടാണ് ഹനുമാൻ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ദേഹബുദ്ധിയ തു ദാസോഹം ജീവബുദ്ധിയ ത്വദംശകഹ ആത്മബുദ്ധിയ ത്വമേവാഹം ദേഹത്തിന്റെ നിലവാരത്തിൽ അങ്ങ് പ്രഭുവായിരിക്കാം ഞാൻ ദാസനായിരിക്കാം ജീവന്റെ നിലവാരത്തിൽ അങ്ങ് പൂർണ്ണനാണ് ഞാൻ അംശനാണ് ആത്മബുദ്ധിയാൽ ത്വമേവാഹം ഞാൻ തന്നെയാണ് അങ്ങ് അങ്ങ് തന്നെയാണ് ഞാൻ ഇതിമേ നിശ്ചിതോ മതി ഇതെന്റെ അറിവിന്റെ ആ ബുദ്ധിയിലുറച്ചതാണ് അറിവിൽ ഞാനും അങ്ങും വേറെയല്ല ദേഹത്തിന്റെ നിലവാരത്തിൽ അങ്ങും ഞാനും വേറെയാണ് അതിൽ പ്രഭുദാസനൊക്കെയാണ് ജീവന്റെ നിലവാരത്തിൽ അങ്ങ് പൂർണ്ണനാണ് ഞാൻ അംശനാണ് പക്ഷേ ബുദ്ധിയുടെ തലത്തില് ഈ ജ്ഞാനത്തിൽ അറിവിൽ അങ്ങും ഞാനും ഒന്ന് തന്നെ തുടർന്ന് ഭഗവാൻ ഈ അധ്യായത്തെ ഈ അധ്യായത്തിലെ ഈ പറഞ്ഞ ജ്ഞാനിയുടെയും മറ്റ് ഭക്തന്മാരുടെ ലക്ഷണം പറഞ്ഞിട്ട് ഇതിന് മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടെ ഭഗവാൻ പറയണം ഭഗവാൻ നാല് പ്രകാരത്തില് നാല് വിധത്തില് എന്നെ ഭക്തന്മാർ ഭജിക്കുന്നു എന്ന് പറയും ചതുർവിധ ഭജന്തേമ ഇവരൊക്കെ ആരാണ് സുഹൃതി നഹ എന്ന് പറയും സുഹൃതികളാണോ അപ്പൊ ഏതൊരാളും ഭഗവത് ഭജനം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കൊരു അദൃശ്യമായ എന്തോ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്നുവല്ലോ എന്താണ് ഇത് ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു വേള ഒരു ഭജനം തന്നെയാണെന്ന് ഈശ്വര ഭജനം എന്നെ ആളുകൾ ഭജിക്കുന്നു എന്ന് പറയുമ്പം നാം സാമാന്യം മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു നാമാവലികൾ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്ര നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണടച്ചിരുന്ന് ഭഗവാനെ ഈ പ്രശ്നം പരിഹരിച്ചു തരണേ അതിവിടെ ഭഗവാനെ എന്ന് വിളി വേണ്ട എന്താണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭജനായി കാരണം അന്വേഷണമാണ് ഭജനം ഇങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ നാല് പ്രകാരം പറയുന്നു അതിലൊന്ന് ദുഃഖം ആർത്തൽ അപ്പൊ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ വന്നു പെടുമ്പം നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നു പറയാം പക്ഷെ ആ ദുഃഖത്തിൽ നിന്നുള്ള നിവാരണത്തിനായിട്ട് പലപ്പോഴും ആളുകൾ എന്താ ആളുകളെ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് പലരും കൊണ്ടുപോകും ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം അപ്പൊ ഈ പ്രശ്നം നമുക്ക് ഇന്ന പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടുപോകുമെന്ന് അങ്ങനെ അവർ ചിലർ ചില വഴിയിലൊക്കെ അങ്ങനെ പോകുന്നു അതങ്ങനെയുണ്ട് ീസ് ലോകത്തെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഓരോരോ ദുഃഖങ്ങൾ വരുമ്പം ഭഗവാന് ക്ഷേത്രത്തിൽ പോയി ഭജിക്കണു ശരി തന്നെ ചിലരെ സംബന്ധിച്ച് പെട്ടെന്ന് ഇന്നലെ പറഞ്ഞുവല്ലോ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായി അവിടുന്ന് രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ ആദ്യം ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുക അവർ ഓപ്പൺ ആർട്ടൊക്കെ കഴിഞ്ഞാലാ നല്ല സജീവമായി നിലകൊള്ളുന്ന സമയത്ത് ഏത് ശബരിമല എന്ത് ശബരിമല പറയും പക്ഷേ ഏത് ശബരിമല എന്ത് ശബരിമല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് അതിന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വടിയും കുത്തിപ്പിടിച്ചു പോകുന്നതും ഒന്നും വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്തോ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഒരു മാറ്റമേ ഉള്ളൂ എന്താണ് അദൃശ്യമായ എന്തോ കരങ്ങൾ ഏതോ ഒരു കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് അത് മുൻപുണ്ടായിരുന്നു പക്ഷേ അതിനെ തനിക്ക് ഈശ്വരൻ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ ഭഗവാൻ പറയുന്നത് ആർത്തൻ ദുഃഖിതൻ അത് ഏത് ദുഃഖമായാലും ദുഃഖം എന്ന് പറയുമ്പം ഇപ്പോൾ ഇവർ ഈ മാനേജ്മെൻറ്റിൽ അവരൊരു ഉദാഹരണം തരും ഈ അവരുടെ ഇതിലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ഒരു ഉദാഹരണം നമ്മുടെ മുൻപിൽ അവർ അവതരിപ്പിക്കുന്നത് ഒരു ചെറിയ കുട്ടിക്ക് ഒരു രണ്ടാം മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ആ കുട്ടിയുടെ അച്ഛൻ വിദേശത്തു നിന്ന് നല്ലൊരു അതിസുന്ദരമായ പേന കൊടുത്തു സമ്മാനമായിട്ട് അവരുടെ എന്തോ ബർത്ത്ഡേക്ക് കൊടുത്തതാ അവരെ ഗംഭീരായിട്ടുള്ള പേനയാണ് അപ്പൊ ഈ കുട്ടി ഇത് കണ്ടപ്പം അവനിത് വലിയ ഇഷ്ടമായി അപ്പം അവൻ പറഞ്ഞു അമ്മ ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞു ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോവാൻ വേണമെന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഇത് ജീവനാണ് അമ്മയുടെ അമ്മയുടെ പ്രാണനാണ് ജീവനാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു ശരി ശരി ശരി എന്നൊക്കെ പറഞ്ഞ് അവസാനം കൊടുത്തു ഒറ്റ ദിവസം മാത്രം അപ്പം ഈ കുട്ടി ഈ പാന കൊണ്ടുപോകണു സ്കൂളിൽ ചിലർക്കൊക്കെ കാണിച്ചു കൊടുത്തു കണ്ടവരൊക്കെ അത്ഭുതപ്പെട്ടു ഓരോ പിരീഡ് കഴിഞ്ഞാലും ബോക്സ് തുറന്ന് നോക്കും അതിനകത്തുണ്ടോന്നും അതുണ്ട് ബാത്റൂമിൽ പോകുമ്പോൾ ഈ ബോക്സോട് പോകുന്നത് ആരെങ്കിലും മോഷ്ടിച്ചാലോ എന്ന് കരുതി ചുരുക്കി പറഞ്ഞാൽ സദാ സമയം ഇത് നോക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കും സ്കൂള് വിട്ട് തിരിച്ച് വീട്ടില് വരുമ്പോ വീട്ടിലെത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ബസ്സിന് ഇറങ്ങി വാനിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴി ആ കലുങ്കിന്റെ മുകളിൽ സിമെന്റ് ആ സിമെന്റ് ഇതിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് അപ്പൊ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഇവൻ വരുന്നത് അവിടെ വെച്ചിട്ട് ബാഗ് തുറന്ന് ഇത് നോക്കുന്ന സമയത്ത് സാധനം ഈ കുട്ടിക്ക് തോന്നുന്നുള്ളതാണ് അവരുടെ ചോദ്യം ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാവും വികാരങ്ങൾ ദുഃഖം ഉണ്ടാവുമല്ലോ ഇല്ലേ ഇല്ല ദുഃഖം ഉണ്ടാവും ദേഷ്യമുണ്ടാവും ഇല്ലേ പലരോടും അങ്ങനെ ഒരുപാട് കുട്ടിയെ ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നഷ്ടബോധം ഉണ്ടാവും ഇനി എന്ത് എന്നുണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് ഇനി എന്താ വഴി അങ്ങനെ ഒരുപാട് എന്നെ കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകേണ്ട വേണ്ട വേണ്ട എന്നൊക്കെ അപ്പോഴും അമ്മയുടെ വാക്ക് ധിക്കരിച്ച് കൊണ്ടുപോയതല്ലേ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവര് വീണ്ടും നമ്മളോടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു വളരെ എന്താ പറയുക ഇഷ്ടപ്പെട്ട് രണ്ടു പേര് കല്യാണം കഴിച്ചു ആ വീട്ടിലൊന്നും സമ്മതമില്ലാതെയാണ് അവര് വേറെ ജീവിക്കുന്നു ഒരു മൂന്നാല് മാസമായിട്ടേ ഉള്ളൂ ആ ആൾക്ക് ആ പെൺകുട്ടിക്ക് ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു ഭർത്താവ് മരിച്ചു എന്നറിയുമ്പം ഈ സ്ത്രീക്ക് ഉണ്ടാകുന്ന വികാരങ്ങൾ ഈ കുട്ടിക്ക് പേന പോയാൽ എന്തൊക്കെയാണോ ഉണ്ടായിട്ടുള്ളത് അത് ഒരു മാറ്റവും രണ്ടിനെയും തുലാസിൽ ചേർത്ത് വെച്ചാൽ ഒരുപോലെ ഇരിക്കും കുട്ടിയുടെ പേന നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട സമയത്ത് കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടായോ അതേ വികാരങ്ങൾ തന്നെയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ഉണ്ടാവുന്നത് രണ്ടുപേർക്കും ആർത്തഹ രണ്ടുപേരും ആരാണ് ആർത്തനെയാണ് ഒരു സാധാരണക്കാരൻ ഒരു വളരെ താഴെ നിൽക്കുന്ന ഒരു കുട്ടിയുടെ പെൻസിൽ പോയ കേസും അവിടേക്കും ഈ ഒരു അയ്യോ ഇനി എന്താണ് വഴി എങ്ങനെയെങ്കിലും കിട്ടണേ ആ നിസ്സഹായതയിൽ ഉണ്ടാകുന്ന ഒരു വിളി അല്ലെങ്കിൽ ഒരു അന്വേഷണം അതിനെ നമുക്കിവിടെ ആർത്തനെന്ന് മനസ്സിലാക്കാമെന്ന് പറയും പല പല വിധത്തിൽ ദുഃഖങ്ങളുണ്ടാവുന്നു ജിജ്ഞാസുവോ ജ്ഞാനിച്ചു എന്ന് പറയാം അതറിയാനുള്ള ആഗ്രഹം ആരാണ് ഈശ്വരൻ ഇപ്പൊ സയന്റിസ്റ്റുകളൊക്കെ അന്വേഷിക്കുന്നത് അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരം എന്ത് ഓരോന്നും എന്താണ് എന്താണ് എന്താണ് അതുപോലെ അർത്ഥാർത്ഥി എന്തും ധനം അല്ലേ കാശ് കിട്ടാൻ വേണ്ടി ഭഗവാന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും അതേത് പാൽപ്പായസം എന്ത് വേണമെങ്കിലും അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം പിന്നെയോ ജ്ഞാനി ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഭഗവാനായി തീരണം ഭഗവത് പദം പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇവർ നാല് പേരും സുഹൃതികളാണ് ഇവരൊക്കെ എന്നെ ഭജിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു തേഷാം ജ്ഞാനി നിത്യയുക്ത തേഷാം ഇതിൽ നിത്യയുക്ത ഏകഭക്തി ജ്ഞാനി വിശേഷ്യതയും അതിൽ ഭഗവാൻ പറയുന്നു ജ്ഞാനി കുറച്ച് വിശേഷപ്പെട്ടവനാണ് കാരണം അവന് കുറച്ച് കാര്യം മനസ്സിലാക്കിയത് അറിയും എന്നുള്ളത് കൊണ്ട് അഹം ജ്ഞാനിന അത്യർത്ഥം ഞാൻ ജ്ഞാനികൾക്ക് അതീവം പ്രിയനാണ് അതുപോലെ അവനും ഞാൻ പ്രിയപ്പെട്ടവനാണ് ഉദാരൈ ജ്ഞാനീവാത്മൈവേതം ഗതി ഭഗവാൻ എന്തുകൊണ്ടാണ് ജ്ഞാനി എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഞാൻ അവനും പ്രിയപ്പെട്ടവനായിട്ടിരിക്കുന്നു പരസ്പരം ഇവർ തമ്മിൽ എന്താ പ്രിയപ്പെട്ടതായിട്ടിരിക്കുന്നു അപ്പൊ ഈ ശ്ലോകം കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാവും അതെന്താ ഭഗവാൻ എല്ലാവരും പ്രിയപ്പെട്ടവരല്ലേ ജ്ഞാനിയുടെ കാര്യത്തിൽ ജ്ഞാനി എന്ന് പറയുമ്പം തന്നിൽ നിന്ന് അന്യമായി ഈശ്വരനെ കാണാത്തവനാണ് ജ്ഞാനി കാരണം ഞാൻ തന്നെ അതാണ് ഇതൊരു അഹങ്കാരമല്ല ചിലപ്പോൾ നമുക്ക് വിചാരിക്കുന്ന ഒരു അഹങ്കാരം കൊണ്ട് പറയുന്നതാണ് ഞാൻ ഈശ്വരൻ കാരണം നമ്മൾ ഈ നിരന്തരം പത്രത്തിലും അതുപോലെ മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ ഈ എന്താ പറയുക ഈ ആഴുദൈവങ്ങൾ എന്നൊക്കെ കേട്ട് കേട്ട് കേട്ടിട്ട് നമ്മൾ വിചാരിച്ചിരിക്കണോ ഈ മനുഷ്യന്മാരെ ദൈവമാ ദൈവം എന്ന് പറയാൻ പാടില്ല എന്ന് ഇപ്പൊ ഈ ആൾദൈവങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം ആരെയൊക്കെയാണ് ഈ പത്രങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് സ്വാമി പച്ചയ്ക്ക് പറയണമെന്നില്ലല്ലോ ഇവരുടെയൊക്കെ പേരെടുത്തിട്ട് അങ്ങനെയല്ല ശാസ്ത്രം വിചാരം ചെയ്ത് അത് അറിഞ്ഞ് ഒരാൾക്ക് അതുകൊണ്ടാണ് ചിന്യാൻ സ്വാമികളോട് ചോദിച്ച് അങ്ങ് ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ സ്വാമിജി പറഞ്ഞ് ഞാൻ അതിൽ കൂടുതൽ എന്താ പറയുക എന്റെ അതിൽ കൂടുതൽ വ്യാപൃതനല്ല എന്ന് പറയാം കാരണം എന്റെ യജ്ഞശാലയിൽ വരുന്ന ഓരോരുത്തരും എഴുന്നേറ്റ് പോകുമ്പോൾ അവർക്കറിയാം അവർ ഈശ്വരനാണെന്ന് അതിൽ ഞാൻ ഊന്നൽ നൽകുന്നു എന്ന് പറയാം ഭഗവാൻ എന്തുകൊണ്ടാണ് ജ്ഞാനി എനിക്ക് പ്രിയപ്പെട്ടവനാണ്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 അത് മലത്തിലെ കൃമി മുതൽ അതാണത് തത്വമസി എന്ന് ഉദ്ഘോഷിക്കുന്ന സമയത്ത് അത് നീയാകുന്നു എന്ന് അത് എന്തോ ഇവർക്ക് കൈമോശം വന്ന് എന്തോ അതൊക്കെ ചില പ്രയോഗങ്ങൾ നമ്മെ ഇങ്ങനെ ചിലയിടത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും അതുകൊണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ചിലരാഗ്രഹിക്കുന്നു എന്നും ഒരു ചിലയായി ഒരു ലോഹമായി ക്ഷേത്ര വളപ്പിൽ തളച്ചിടാനുള്ള ഒന്നാണ് എന്ന് അതൊരിക്കലും പാടില്ല പ്രത്യക്ഷപ്പെട്ട അമ്മ അതിന്റെ മരണമാണ് അത് ഒരിക്കലും പ്രത്യക്ഷപ്പെടാതെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം അതിനെ അത് ഈ ഇതാണ് കളി മതം ഇതിലാണ് നിൽക്കുന്നത് തന്നെ അല്ലേ സ്വാമി ചില എന്താ ഇതിനു മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിലുള്ള നിൽപ്പിനെയാണ് മതമെന്ന് പറയാ അപ്പൊ അങ്ങനെയല്ല ഉപനിഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗീതയിലൊക്കെ നമ്മുടെ ആ ഒരു സത്യം വെളിപ്പെടുത്തി തരുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുത്തിയവൻ ജ്ഞാനിയാകുന്നില്ല അവനാണ് അജ്ഞാനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ ഈ സന്ദർഭത്തിൽ അത് വളരെ കേട്ടവരൊന്നുകൂടെ കേട്ടോളൂ ഒരിക്കൽ ഗ്രാമത്തിൽ നിന്ന് രണ്ടു പേര് പട്ടണത്തിൽ ഈ കുതിരച്ചന്തയ്ക്ക് കുതിരച്ചന്തയിൽ പങ്കെടുക്കാൻ കുതിര കുതിരയും മേടിക്കാനുള്ള ചന്തയിൽ പല കാലിച്ചന്ത പോലെ കുതിരച്ചന്തയുണ്ട് കുതിരയെ മേടിക്കാൻ വേണ്ടി വരുന്ന അവർ ഗ്രാമത്തിൽ നിന്ന് രണ്ടുപേർ അവർ കാശൊക്കെ സ്വരൂപിച്ച് അവർ പട്ടണത്തിൽ വന്ന് കുതിരയും മേടിക്കുക എന്തിനാണ് കുതിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒരു കുതിര വണ്ടി വണ്ടിയുണ്ട് അവർക്ക് കുതിരയെ കെട്ടി വലിച്ചു കഴിഞ്ഞാൽ അവരുടെ വരുമാന മാർഗമാണ് പണ്ടാണ് കഥ ഇന്നൊക്കെ ഒരു ഓട്ടോ വർഷം മേടിക്കാൻ ബാങ്ക് ലോൺ എടുത്തിട്ട് എന്നൊക്കെ പറയുമല്ലോ അതുപോലെ അവർ വന്നു ലക്ഷണമൊത്ത കുതിരയെ മേടിച്ചു അങ്ങനെ അവർ തിരിച്ചു പോവുക സ്വന്തം നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ കുറേ ദൂരമുണ്ട് ഒരു കാട് കിറന്നിട്ട് വേണം പോവാൻ അപ്പൊ ഈ കാട്ടിന്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഇരുട്ട് ഇരുട്ടാവും വൈകി നേരം വൈകി വൈകിയ നേരത്തെ രാത്രി കാട്ടിലൂടെ സഞ്ചരിക്കുക എന്നത് കുറച്ച് കഷ്ടായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഈ കാട്ടില് കള്ളന്മാരുടെ ശല്യം ഉണ്ടാവും ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണത്തിൽ വന്ന് തിരിച്ചു പോകുന്നവരെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുണ്ട് എന്ന് ഇവർക്കറിയാം അപ്പൊ അവര് തീരുമാനിച്ചു കാടെത്തുന്നതിന് മുൻപായിട്ട് കുറച്ചൊരു വെളിം പ്രദേശമുണ്ട് ഒരു മരവും പിന്നെ കുറച്ച് തുറസ്സായിട്ടുള്ള വെള്ളം കിട്ടുന്ന തടാകമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവർ മരച്ചുവട്ടിൽ കുതിരയൊക്കെ കെട്ടിയിട്ട് അവർ കാല് കഴുകി കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അവരവിടെ വിശ്രമിക്കാം നീ കുറേ സമയം ഉറങ്ങിക്കാം പിന്നെ ഞാൻ ഉറങ്ങാം അങ്ങനെ പകുതിയും പകുതിയായിട്ട് നമുക്ക് റിലേ ആയിട്ട് നീ നേരങ്ങളെത്തിക്കാം എന്ന് പറയാം അങ്ങനെ ഒരു അഗ്രിമെന്റിലൊക്കെ അവരെത്തി അങ്ങനെ ഒന്നാമനുറങ്ങാൻ കിടന്നു രണ്ടാമന ഉണർന്നിരുന്നു അപ്പൊ രണ്ടാമൻ ചോദിച്ചുവേ നീ ഉറങ്ങാൻ കിടന്നതാ നീ ഉറങ്ങിപ്പോകും ഞാനും ഇരുന്ന് ഉറങ്ങിപ്പോയാൽ എന്തു ചെയ്യും അറിയാതെ അപ്പൊ ഒന്നാം പറഞ്ഞു ശരിയാണ് അങ്ങനെ സംഭവിക്കാം അപ്പൊ നീ ഉറങ്ങാതിരിക്കണമെങ്കിൽ നീ ഓരോന്ന ആലോചിച്ചുകൊണ്ടിരുന്നു നീ അങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഈ ആലോചിച്ചാൽ ഉറക്കം പോവുകയെ നമ്മുടെയൊക്കെ ഉറക്കം പോകുന്നത് അതുകൊണ്ട് അങ്ങനെ ആലോചിക്കുന്നതാണ് ആലോചിച്ചിരുന്നു എന്നിട്ട് നിനക്ക് ഉറക്കം വരുന്ന സമയത്ത് എന്നെ വിളിച്ചു അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാം ശരി അങ്ങനെ ഒന്നാമൻ ഉറങ്ങാം കിടന്നു രണ്ടാമൻ ഉണർന്നിരുന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോ രണ്ടാമൻ ഒന്നാമനെ വിളിച്ചിട്ട് പറയാം എഴുന്നേക്കുമെന്ന് ഒന്നാമൻ ഞെട്ടിപ്പോയി എന്ത് പറ്റി നീ എന്തായിരുന്നു വിളിക്കാഞ്ഞത് ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ എന്തൊക്കെയായിരുന്നു നീ ആലോചിച്ചത് ഇത്ര കാര്യമായിട്ട് നിനക്ക് ഈ ഉറക്കം കിട്ടാതെ അങ്ങനെ പോകാൻ വേണ്ടി ആലോചിക്കാൻ മാത്രം എന്തായിരുന്നു അപ്പം അവൻ പറഞ്ഞു ഞാൻ നീ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഞാൻ ആകാശത്തേക്ക് നോക്കി ആകാശത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഈ നക്ഷത്രങ്ങൾ തമ്മിൽ എത്ര അകലുണ്ട് ഇതെവിടെയാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഞാൻ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ കുറേ സമയം പോയി ഒന്നാവിന് വലിയ ഇഷ്ടമായി എൻ്റെ ഈ ആലോചന പിന്നെ നീ എന്താലോചിച്ചു പിന്നെ ഞാൻ ആലോചിച്ചു നമ്മുടെ ഈ ഭൂമി ഇതെവിടെയാണ് നിൽക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു രാത്രി ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് സമയം പോയി അപ്പോഴേക്കും ഒന്നാമന് വലിയൊരു സഹായി പിന്നെ നീ എന്താലോചിച്ചു ഞാൻ നീ അവസാനായിട്ട് ആലോചിച്ചതും അപ്പം ആലോചിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കുതിരയെ ആര് കൊണ്ടുപോയി അതിൻ്റെ ഇടയിൽ അത് നഷ്ടപ്പെട്ടു ഇത് നഷ്ടപ്പെടുത്താത്തവനാണ് ജ്ഞാനി നമ്മുടെ സ്വത്വം നമ്മുടെ ആത്മാവ് നമ്മുടെ ആനന്ദം എന്ന് വിളിക്കുന്ന ഭഗവാന് ഇതര വസ്തുക്കളിൽ അന്വേഷിച്ച് ചിന്തിച്ച് സമയം കളയാത്തവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് പറയുമ്പം അവൻ വേറൊരിടത്ത് എന്നെ അന്വേഷിക്കുന്നില്ലേ ആത്മാ രാമൻ എന്ന് പറയുമ്പം തന്നിൽ തന്നെ രമിക്കുന്നവനാണ് അതുകൊണ്ട് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഏതേ സർവേ ഉദാരാഹ ഏവ ഏതേ ഇവർ സർവേ ഉദാരാഹ ഏവ ഇവരെല്ലാവരും തന്നെ ശ്രേഷ്ഠന്മാരാണ് എന്ന് ആരും മോശക്കാരല്ല കിന്തു എന്നാലും ജ്ഞാനിത്തു ആത്മാവ ഭഗവാൻ പറയുന്നു ജ്ഞാനിയാകട്ടെ ആത്മാവ പരമാത്മാവ് തന്നെയാണ് േ മതം എന്റെ അഭിപ്രായം എന്റെ മതം എന്താണെന്നറിയോ എന്റെ മതം ഇസ്ലാം മതവും ക്രിസ്തു മതവും ഹിന്ദുമതവും എന്നല്ല ആത്മ ഇതാണ് എന്റെ മതം മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് എന്തുകൊണ്ടെന്നാൽ സഹ അവൻ യുക്തതമാം ഏവ യുക്തതമാ അവൻ എന്നിൽ ഉറച്ചിട്ടുള്ളവനാണ് അവനറിയാം ഞാൻ ആരാണ് മാത്രമല്ല മാം ഏവ അവൻ എന്നെ തന്നെ അനുത്തമാം ഗതിം ആസ്തിദ പരമമായ അനുത്തമാം എന്ന് പറഞ്ഞാൽ പരമമായ ഗതിം ഗതിയെ ഗതി എന്ന് പറഞ്ഞാൽ വൈകുണ്ടം വൈകുണ്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം വിഗതാഹ കുണ്ടാഹ തസ്യ ഭാവ തടസ്സങ്ങളെല്ലാം നീങ്ങിയിട്ടുള്ള ഭാവം അതിനെ ഗതിം ആസ്തിദ പ്രാപിച്ചിട്ടുള്ളവനാണ് അതിൽ ഉറച്ചിരിക്കുന്നവനാണ് അതിൽ നിന്നിളകാത്തവനാണ് എന്ന് പറയാം ഇതിനെയാണ് ഭഗവാൻ അചല സിന്ധുവാരിവത് മേരുഹു ഇവ അപ്രകമ്പനവത് എന്നൊക്കെ പറയുന്നത് പർവ്വതം പോലെ ആ അറിവിൽ ഉറച്ചു നിൽക്കുന്നു തുടർന്നു ബഹൂനാം ജന്മനാമന് ജ്ഞാനവാൻ മാം പ്രപദ്ദേവ സർവമിതി സമഹാത്മാസുദുർലഭ ം ജന്മനം അന്ദേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യ പ്രപദ്ധ്യത്തെ പ്രപദ്ധ്യത വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭൂനം ജന്മന ബഹൂനം ബഹവ അനേകം ജന്മന ജന്മങ്ങളുടെ അനേക ജന്മങ്ങളുടെ അന്തി അനേക ജന്മങ്ങളുടെ ഒടുവിൽ എന്ന് പറയുമ്പം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓർമ്മ വേണം ജനനം മരണം എന്നുള്ളത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിരന്തരം പുനരപി ജനനം പുനരഭി മരണം അത് ഏതെങ്കിലും ഒരു യോനിയിലൂടെ വേറൊരു യോനിയിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമല്ല ഒരു ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമല്ല ഇനിയോ അനുഭവങ്ങളാണ് ലോകം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ ഓരോരോ അനുഭവ പരമ്പരയെയാണ് ജീവിതം എന്ന് പറയാം നിങ്ങൾ ആറ് മണിക്ക് ഇവിടെ ജനിക്കുന്നു എട്ട് മണിക്ക് ഇവിടെ മരിക്കുന്നു സ്വാമി നാവ് നീട്ടു നോക്കട്ടെ കുഴപ്പമുണ്ടെങ്കിലുണ്ടോ ആറു മണിക്കല്ല സ്വാമി ഞങ്ങൾ നാലു മണിക്ക് ജനിക്കുന്നവരുണ്ട് നാലരയ്ക്ക് ജനിക്കുന്ന അതിലും ഏതായാലും എട്ടുമണിയാകുമ്പോൾ ഇവിടെ മരിക്കും പിന്നെ നിങ്ങൾ വീണ്ടും ജനിക്കും ഇങ്ങനെ അനുഭവങ്ങളുടെ പരമ്പര അപ്പൊ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷം അങ്ങനെ നോക്കുകയാണെങ്കിലോ വളരെ രസമാണ് പല അനുഭവങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്നു അന്തേ ഒടുവിൽ ഒരു വേളയിൽ ഒരു സ്ഥലത്ത് ജ്ഞാനവാൻ ജ്ഞാനി അറിവുള്ളവൻ അറിയുന്നു എന്താണ് എന്താണ് അറിയുന്നത് സർവം വാസുദേവ ഇത് എല്ലാം വസ് വസിക്കുക വാസുദേവൻ എന്ന് സത്വം വിശുദ്ധം വസുദേവ സംതം ഇതാ പരമാത്മ ബോധത്തിൽ വസിക്കുന്നവനാര് അവനാണ് വാസുദേവൻ ആത്മാവാസ്യം ഇതം സർവം എന്നറിഞ്ഞ് അതനുഭവിക്കുന്നവൻ വാസുദേവൻ വാസുദേവ സർവമിതി ഇതൊക്കെ പിൽക്കാലത്ത് പിന്നീട് നമ്മളിങ്ങനെ വരുന്ന സമയ പിന്നീട് വ്യാഖ്യാനിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകളുടെ വിശ്വാസം മാത്രമായി തീരുകയാണിത് പക്ഷേ പൂർവികന്മാര് ഈ ശബ്ദത്തെ പ്രയോഗിച്ചിട്ടുള്ളത് ആ വിധത്തിലാണ് ആത്മാവാസ മിതം സർവം എന്ന് പറയുമ്പം അത് ഏതെങ്കിലും മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്നതല്ല വാസുദേവ സർവമിതി എന്ന് പറയുമ്പോഴും അതിനെ ഒരു മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിർത്താൻ പറ്റില്ല ശബ്ദങ്ങൾ അങ്ങനെയാണ് പിന്നെ എന്തോ വാസുദേവ സർവമിതി എന്ന് പറയുമ്പോ ആളുകൾ പറയണു ഈ ഈ ഹിന്ദുക്കൾ പറയുന്നതാണത് അത് ഇസ്ലാമിനോ ക്രിസ്തീയ സിഖ് മറ്റ് മതസ്ഥർക്കൊന്നും അത് പറ്റില്ല അവരെ സംബന്ധിച്ച് വേറൊരു ഇത് പറയും എന്നിട്ട് ഇവന്മാരെല്ലാവരും കൂടെ ഒരു ദിവസം വേദിയിൽ നിന്നിട്ട് പറയും അതിൽ പറഞ്ഞതും ഇതിൽ പറഞ്ഞതോ ഇതിൽ പറഞ്ഞതും ഒക്കെ ഒന്നാണെന്ന് പറയും ആ പിന്നെ നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്ന് നമുക്ക് ചോദിക്കാനും പറ്റും തോന്നു അടയ്ക്ക് വാസുദേവ സർവമിതി ഇതം സർവം വാസുദേവം ഇതിജ്ഞാത്വ എന്നറിഞ്ഞിട്ട് മാം പ്രപദ്യ എന്നെ പ്രാപിക്കുന്നു അവർ സമഹാത്മാ അങ്ങനെയുള്ള മഹാത്മാക്കള് സുദുർലഭ വളരെ ദുർലഭമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതിനെയാണ് നേരത്തെ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ എന്ന് പറഞ്ഞു എല്ലാം ഈശ്വരനാണ് എന്നറിയുന്നവര് എണ്ണത്തിൽ കുറച്ച് കുറയുന്ന അതെന്താ അത് അത് ഇത് തന്നെ ഏത് തന്നെ അത് ആഗ്രഹങ്ങൾ ലോകത്തോട് നമുക്ക് തീരാത്ത ആഗ്രഹങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെയോ നേടേണ്ടതുണ്ട് ഈ നേടേണ്ടതൊക്കെ പലതും ഞാൻ നേടിയിട്ടില്ല ഇനി അതൊക്കെ നേടേണ്ടതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി ഇതം സർവം വാസുദേവൻ എന്ന് കരുതിയിരിക്കുന്നു അതായത് ആഫ്റ്റർ റിട്ടയർമെന്റ് നേരത്തെ കാലത്താണോ അല്ല എന്ന് പറയാം അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇത് മുഴുവൻ ഈശ്വരനാണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം അറിഞ്ഞ എനിക്ക് പേടിയ അറിഞ്ഞ് അറിയേണ്ട ആവശ്യമില്ല അറിയാൻ എനിക്ക് ഭയമുണ്ടെന്ന് പറയാം എന്താ എന്റെ ഭയം അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോവോ പിന്നെ എനിക്ക് പഴയതുപോലെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയം അതുകൊണ്ട് ഇങ്ങനെയുള്ളവര് സുദുർലഭ മഹാത്മാക്കള് സുദുർലഭമാണ് അവർ എണ്ണത്തിൽ കുറവാണ് ഈ ആശയങ്ങളൊക്കെ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് എന്താ പറയാ കുറച്ച് സ്പീഡ് ഒന്ന് കൂട്ടാം എന്ന് തോന്നണം പ്രപദ്ധ്യന്തേന്യദേവതാ തം തംസ്ഥ പ്രകൃത്യാസ്വയാ കാമ തൈ തൈ ഹൃത അപഹൃത ഹൃതജ്ഞാ പ്രപത്യന് അന്യദം തയമമാസ്ത പ്രകൃതി സ്വയ പ്രകൃതി നിയത പ്രകൃതി പ്രകൃതിയാൽ എന്ന് പറഞ്ഞാൽ മുൻപ് നാം പഠിച്ചിട്ടുള്ള പൂർവവാസനയാൽ എന്തൊക്കെയാണോ നാം ആർജിച്ച് വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് നാം പ്രപഞ്ചത്തോട് പ്രതികരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് സ്വാമി വിശ്വസിക്കുന്നു അല്ലേ ഒരു സംഗീതം കേൾക്കുന്ന സമയത്ത് നമ്മളെങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പൂർവാർജിത സംസ്കാരമുണ്ട് ഏതിനോടും നാം പ്രതികരിക്കുന്നത് അങ്ങനെയാണ് ഏത് ഏത് വസ്തുക്കളോട്ടും അതിനിവിടെ പ്രകൃതിയാ പൂർവവാസനയാൽ നിയതാഹ നിയതാഹ എന്ന് പറഞ്ഞാൽ പ്രേരിതമായിട്ട് പ്രേരണയാൽ തൈഹി തൈഹി ഓരോ വിധത്തിലുള്ള കാമേഹി കാമേഹി കാമങ്ങളാൽ ആഗ്രഹങ്ങളാൽ ഹൃതജ്ഞാനാഹ ഹൃതജ്ഞാനം അപഹരിക്കപ്പെട്ട അറിവോടുകൂടിയിട്ടുള്ള തം തം നിയമം തം തം അതത് നിയമത്തെ ആസ്തായ ആശ്രയിച്ചിട്ട് അന്യദേവതാഹപ്രപദ്യ മറ്റ് മറ്റ് ദേവതകളെ പ്രാപിക്കുന്നു എന്താ ഇവിടെ ഭഗവാൻ പറയുന്നത് സ്വന്തമായ പ്രകൃതിക്ക് അതിൽ പ്രേരിതമായിട്ട് ഓരോരോ വിധത്തിലുള്ള കാമങ്ങളാൽ പ്രേരിതരായ ആ കാമത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഓരോരോ ദേവതകളുടെ അടുത്തേക്ക് പോകുന്നു കാര്യം വളരെ ലളിതമാണ് ഇവിടെ ഒരാൾ കള്ളുശാപ്പിലേക്ക് പോകുന്നുവെങ്കിൽ ആ ദേവതയെ പ്രാപിക്കുന്നു ഒരാൾ സിനിമാശാലയിലേക്ക് പോകുന്നുവെങ്കിൽ ഓരോരുത്തരും ഓരോരോ വിഷയങ്ങളുടെ പിറകിലേക്ക് പോകുന്നു എന്താണ് ആ വിഷയങ്ങളുടെ പിറകിലേക്ക് പോകാൻ അവനെ അവന് നിദാനമായി നിലകൊള്ളുന്നത് എന്നാണെങ്കിലോ അവന്റെ പ്രകൃത്യാ നിയതാഹ അവന്റെ സംസ്കാരം അങ്ങനെ അവന് അതത് ദേവതകളെ പ്രാപിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് അവന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ശാന്തിക്ക് വേണ്ടിയിട്ട് അവൻ വിചാരിക്കുന്നു ഇതിൽ നിന്ന് ഇത് കിട്ടും പിന്നെയാണ് അവൻ അറിയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് അങ്ങനെയാണല്ലോ ഈ മദ്യശാലയിൽ ഈ കള് കുടിക്കുന്ന ആളുകൾ കുറച്ചങ്ങോട്ട് കുടിച്ച് അങ്ങോട്ട് അധികമായി കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം കൊടുത്താലും മതിയെന്ന വെറും പച്ചവെള്ളത്തിൽ വേറെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ അങ്ങനെ ലഹരി പിടിപ്പിച്ചുകൊള്ളുന്ന അങ്ങനെയുണ്ട് ഒരാളൊരു കള്ളഷാപ്പിൽ പോയിട്ട് കടഞ്ചൊതിച്ചു കുടിക്കാൻ നാളെ തരാ കാശിയെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു തെരില്ല എന്ന് പറഞ്ഞു അങ്ങനെ വേറൊരു ഷാപ്പിൽ പോയി അവിടെ പോയപ്പോൾ അവിടുന്ന് പറഞ്ഞു തെരില്ല എന്ന് പറഞ്ഞു പിന്നെ അടുത്ത ഷാപ്പിൽ പോയിട്ട് ചോദിച്ചു കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചു കുടിക്കാൻ വെറും പച്ചവെള്ളം അപ്പൊ അവർ കുറച്ച് പച്ചവെള്ളം കുടിച്ചു പച്ചവെള്ളം കൊടുത്തു ആ പച്ചവെള്ളം കൊണ്ട് കുടിച്ചു വേറെ തുടക്കലുണ്ട് ആരട എനിക്ക് കടം തരാത്തതെന്ന് ചോദിച്ചിട്ട് കാരണം ഇത് കുടിച്ചതിൻ്റെ ഒരു ബലം ഉള്ളിലേക്ക് ചെന്നു എന്ന് പറയാം അങ്ങനെ സംഭവിക്കും എന്തുകൊണ്ട് ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് പോയത് എന്നൊരു പ്രകൃതിയാണ് താൻ ആർജിച്ചു വെച്ചിരിക്കുന്നു പിന്നെ അതങ്ങോട്ട് പ്രകടമാകുക എന്ന് പറയാം അപ്പൊ ഈ പൂർവ അതുകൊണ്ട് ഈ വാസനകളെ തിരുത്താൻ ഭഗവാൻ ഭഗവത്ഗീതയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്നറിയോ ധ്യാനാവസ്ഥിത മനസ്സിൽ വേണം ഇതിനെ മുഴുവൻ എന്താ വൃത്തിയാക്കാൻ സംസ്കാരത്തെ ഒരു ഒരാളുടെ ബാഹ്യമായിട്ടുള്ള ചേഷ്ടകളെയല്ല മാറ്റുന്നത് ആന്തരികമായിട്ടുള്ള പരിവർത്തനമാണ് ഗീതയില് ഉടനീളം നടക്കുന്നത് അതുകൊണ്ട് ബാഹ്യമായി എന്തെങ്കിലും നമ്മൾ കൈകെട്ടിയിരുന്നത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അത് മൂന്നാം അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എന്റെ മമ വർത്മാനു വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ എല്ലാവരും എന്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത് എന്ന് പറഞ്ഞല്ലോ ോ അതത് ദേവതകളെ പ്രാപിക്കുന്നു അവര് എന്തിനായിട്ട് ആനന്ദം കിട്ടും എന്ന് കരുതിയിട്ട് തുടർന്ന് ഭഗവാൻ പറയ എങ്ങനെയാ അങ്ങനെ അതത് ദേവതകളെ പ്രാപിക്കുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു അതാ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ ഭക്ത ശ്രദ്ധയാർച്ച ശ്രദ്ധ യോ യോർ യാം തനും ഭർച്ച തദ്ധാം താം വിദധാമി അഹം അഹം വിദധമി ഞാൻ നൽകുന്നു ഞാൻ കൊടുക്കുന്നു എന്തു കൊടുക്കുന്നു യതേത് ഭക്തന്മാരാണോ യാംയാാം തനും അർച്ചിതും യാംയാം തനും ഏതേത് മൂർത്തിയെ മൂർത്തി എന്ന് പറഞ്ഞ ആശ്രയിക്കുന്ന ഘടകത്തെ ഓരോരുത്തരെ ഓരോന്നിനെ ആശ്രയിക്കുന്നു അതില് ഇച്ഛതി ഇച്ഛിക്കുന്നുവോ തസ്യ തസ് താം ശ്രദ്ധാം ഏവ അതത് ഭക്തന് ഞാൻ അതിൽ എന്ത് കൊടുക്കുന്നു അഹം അജലാം വിതതാമി ഞാൻ അജലാം ശ്രദ്ധാം ഇളകാത്ത ശ്രദ്ധയെ ഞാൻ അതിന് ഇളകാത്തതാക്കി ഉറപ്പാക്കി കൊടുക്കണം ഇത് ഇതൊക്കെ എന്താ നന്നായി ആലോചിക്കേണ്ട ശ്ലോകങ്ങളാണ് ഇത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയും എന്താണ് നമുക്ക് അതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പല പ്രകാരത്തിനാണ് എന്താണ് നമുക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭഗവാൻ സാധിപ്പിച്ചു തരും അത് നമുക്ക് ഉറപ്പാക്കി തരും അയാ ഒരു മൂക്ക് പൊടി പൊടി ഡബി എടുക്കാൻ മറന്നു പോയിട്ട് ബസ് കയറി നിരിക്കട്ടെ അദ്ദേഹം ഒന്നിങ്ങനെ ഉടനെ കാണും തന്റെ സുഹൃത്തിനെ ഈ ആളുടെ നോട്ടത്തിലറിയാം ഇയാൾക്കത് വേണമെന്ന് വേഗം കൊടുക്കും കാരണം ഇദ്ദേഹത്തിനും ഇത് അനുഭവമുള്ളവരാണ് ട്രെയിനിൽ കയറി കഴിഞ്ഞാല് ട്രെയിൻ ഒന്നിളകിയാല് ഒരു പത്തിരുപത് മിനിറ്റ് ആവുമ്പോഴേക്കും കളിക്കാർ പെട്ടെന്ന് തന്നെ അറിയും അവര് അവർക്കതിൽ ശ്രദ്ധ ഉണ്ടാവും ആരുടെയെങ്കിലും പോക്കറ്റിലുണ്ടാവും ഇത് അല്ലെങ്കിൽ ആരുടെ പോക്കറ്റിലും ഇല്ലെങ്കിലും അവരിങ്ങനെ അന്വേഷിക്കും ആരുടെയെങ്കിലും കയ്യിലുണ്ടാവും അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സൂട്ട് കേസിനകത്ത് ഈ കാർഡ് വെക്കുന്നത് കളിക്കാൻ കൂട്ടുകാർ കൂട്ടുകാരോടൊപ്പമല്ല താൻ ട്രെയിൻ യാത്ര ചെയ്യുന്നത് തനിക്കറിയാം ഇതിൽ ശ്രദ്ധ ഉള്ളവരുണ്ട് ഇതെടുത്ത് വയ്ക്കുമ്പം തന്നെ ആ ശ്രദ്ധയും കൂടെ വെക്കുന്നുണ്ട് പിന്നെ അത് വരികയായി പിന്നെ ടേബിളൊന്നും വേണ്ട സൂട്ട് കേസ് തന്നെ അങ്ങോട്ട് നിരത്തി എന്തൊരു സഹകരണമെന്നറിയാം മുട്ടിൻ്റെ മുകളിലാണ് സൂട്ട് കേസ് രണ്ടുപേരങ്ങനെ ചേർത്ത് വെച്ച് അവർ തന്നെ അവിടെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കും പിന്നെ അവിടെ ഒരു വലിയൊരു കൂട്ടം ഇരുന്നുള്ള കളിയാണ് വളരെ ശ്രദ്ധയായിട്ട് ഏതും കുറ്റം ഈ കുറ്റം പറയുന്നവര് അങ്ങനെയാണെങ്കിൽ അപ്പൊ കിട്ടും അത് അവർ പെട്ടെന്ന് തന്നെ ഒരു ഗ്രൂപ്പാവും ഞാൻ അവർക്ക് ഹചലാം ശ്രദ്ധ അതിൽ ഞാൻ നല്ല ശ്രദ്ധ ഉണ്ടായി കൊടുക്കും ഏകാന്തതയാണ് ആർക്കെങ്കിലും ആവശ്യമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവര് അവർക്ക് അതിൽ ശ്രദ്ധ ഞാൻ ഉണ്ടായി കൊടുക്കും നമുക്ക് എന്താ വേണ്ടത് അത് അത് ഉണ്ടാക്കി തരും അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഇതാണ് അപ്പൊ നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ തന്നെ ചോദിച്ച് മേടിക്കുക അത് മനസ്സിലാക്കിക്കൊള്ളണം ഏതേത് ഭക്തന്മാരാണോ യാാം യാാം തനും അർച്ചിതും യാാം യാാം തനും ഏതേത് മൂർത്തിയെ മൂർത്തി എന്ന് പറഞ്ഞ ആശ്രയിക്കുന്ന ഘടകത്തെ ഓരോരുത്തരെ ഓരോന്നിനെ ആശ്രയിക്കുന്നു അതില് ഇച്ഛതി ഇച്ഛിക്കുന്നുവോ തസ്യ തസ്യ താം ശ്രദ്ധാം ഏവ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 ശിക്ഷണ്ടല്ലോ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ പഠിക്കാൻ നിർബന്ധപൂർവം ഇരുത്തുക അതൊക്കെ അവര് നമ്മളെ കളിപ്പിക്കും നമുക്കൊന്നും സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അവര് കളിക്കും നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി അവരുച്ചത്തിൽ വായിക്കും നമുക്ക് വേണ്ടത് അതാണ് അത് തന്നുകൊണ്ടിരിക്കും അവന് അതൊന്നും മനസ്സിലാവൂല്ല അങ്ങനെ നടക്കുകയും ചെയ്യും വേണ്ടത് വേണ്ടത് നമുക്ക് കിട്ടുന്നു നമുക്ക് എന്താ എന്തി ഇപ്പൊ ഈ ഒരു ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഒരു പ്രകാരത്തിനും കബളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാ അതുകൊണ്ട് സാഹചര്യം എന്നെ ഇങ്ങനെയാക്കി എന്ന് ഒരു തരത്തിൽ പറയാൻ പറ്റില്ല ഞാൻ എന്റെ കൂട്ടുകാരുടെയൊക്കെ കൂടെ ഹോസ്റ്റലിലൊക്കെ പോയിട്ട് ആകവഷളായി അവിടെ എല്ലാണ്ണം ഒന്നിനെയായിരുന്നു അപ്പൊ ഞാനും കാരണം അവിടെ പോകുമ്പോഴേ ഇവൻ ഇതൊക്കെയായിട്ടാണ് പോണത് ഈ ശ്രദ്ധയായിട്ട് അപ്പൊ ഈ ശ്രദ്ധയായിട്ട് വരുന്നവരൊക്കെ കൂടെ എന്താവും ഒരു ഗ്രൂപ്പിൽ പെടും അതുകൊണ്ട് ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല മുല്ലാം നസറുദ്ദീന് ഒരു രാജാവ് എന്താ അധിക്ഷേപിക്കണം എന്ന് വിചാരിച്ച് വിളിച്ചു സ്വാമി നിങ്ങളോട് പറഞ്ഞു എന്നറിയില്ല എന്തായാലും അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ട് അജലാം ശ്രദ്ധ ആളാ എല്ലാവർക്കും ഇതൊക്കെ കൊടുത്തു എന്നാ നല്ല ഈ പൊണ്ണാടീക്കില്ലേ അങ്ങനെ പണ്ഡിതന്മാർക്കൊക്കെ കൊടുത്തു അപ്പൊ ഇദ്ദേഹത്തിനെ ഒന്ന് അവഹേളിക്കുകൂടെ വേണമെന്ന് കരുതി എങ്ങനെയാണ് ഇയാൾ ഈ വിപരീതമായിട്ടുള്ള ചുറ്റുപാടിൽ അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പഠിക്കാണ്ട് അതിനു വേണ്ടിയിട്ടാണ് രാജാവ് അങ്ങനെ ചെയ്തത് എല്ലാവർക്കും നല്ല പൊന്നാടയാണ് ചോദിച്ചു നസറുദ്ദീൻ കൊടുത്തത് അവിടെ ഈ കഴുത കഴുതയുടെ പുറത്തിടുന്ന ഒരു തുണിയുണ്ട് അത് കൊടുത്തു അപ്പൊ മറ്റുള്ളവരൊക്കെ ചിരിച്ചു അപ്പോ മുല്ല പറഞ്ഞു വളരെ സന്തോഷം അങ്ങേക്ക് എന്നോട് ഇത്ര പ്രിയമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല മറ്റൊരു ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്കൊക്കെ കടയിൽ നിന്ന് മേടിച്ചതാണ് അദ്ദേഹം തന്നത് അദ്ദേഹം തന്നെ ഉപയോഗിച്ചതാണ് എനിക്ക് തന്നത് ഒരു ശ്രദ്ധയുള്ളവനെ ആർക്കും ഒരു തരത്തിൽ വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ സ്വാധീനിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് മണ്ടോദരിക്ക് മണ്ടോദരിയെ രാവണന് സ്വാധീനിക്കാൻ കഴിയാനത് അതുകൊണ്ട് തന്നെയാ എന്താ പറയാ രാവണന്റെ കോട്ടയിലിരിക്കുന്ന വിഭീഷണനും അല്ലെ വിഷ്ണുഭക്തി ഉണ്ടാവുന്നതിന്റെ താത്പര്യമത ആ അജിനാം ശ്രദ്ധ ആദ്യം തന്നെ വരിച്ചത് അതാണ് ഭഗവാനെ ധ്യാനിച്ചു എന്നല്ലേ പറയുന്നത് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അജീജനയേതെന്ന് ഒരു വിദ്വാൻ പറഞ്ഞു ഒരു വിദ്വാൻ നിർദ്ദേവത്വം എന്ന് പറഞ്ഞതായിരുന്നു അപ്പൊ സരസ്വതി വന്നു എന്താ നിദ്രാവത്വം എന്നായിപ്പോയി എന്നാ അതുകൊണ്ടാണ് ദേവന്മാരുണ്ടാകരുത് എന്നാണ് അത്ര ഇയാൾ ആലോചിച്ച് പറയാൻ വന്നത് അപ്പോഴേക്കും നിർദേവത്വം എന്നുള്ളത് നിദ്രാവത്വം എന്നായിപ്പോയി ഉടനെ ഭഗവാനാണെങ്കിൽ തഥാസ്തു ഇങ്ങനെ വെച്ചിരിക്കുന്ന ആളാ ഉടനെ കൊടുത്തു തഥാസ്തു അങ്ങനെയാവട്ടെ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയാ ഇതൊക്കെ നമ്മള് നമ്മൾ മേടിക്കുന്നതാ വരമായിട്ട് എനിക്ക് കുംഭകർണന്റെ വരം നമ്മൾ മേടിക്കണം വിഭീഷണന്റെ വരം നമ്മൾ മേടിക്കണം രാവണന്റെ വരം നമ്മൾ മേടിക്കണം ഇതെല്ലാം നമുക്ക് വേണ്ടത് തന്നെയാണ് പിന്നെ നാം നമ്മെ നമ്മയും കൂടെ നാം കബളിപ്പിക്കുന്ന രീതിയില് മറ്റുള്ളവരോട് നമ്മൾ പറയും എനിക്കിതൊന്നുമില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല ഈ സ്വത്തിന് അമ്മയുമായിട്ട് അടികൂടുന്ന സമയത്ത് വഴക്കുകൂടുന്ന സമയത്ത് എന്താണെന്നറിയോ പറയുന്നത് അമ്മ ആർക്ക് കൊടുത്താലും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ എന്നാലും അങ്ങനെ അല്ലല്ലോ നിങ്ങൾ ആർക്കേത് എന്താ പറയുക സർക്കാരിന് എഴുതി കൊടുത്താലും ധർമാശുപത്രിക്ക് കൊടുത്താലും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ഒരു മകളെന്ന നിലയ്ക്ക് എനിക്കും അവകാശങ്ങളുണ്ട് അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറയും നമ്മൾ പോളിഷാക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരു സ്വീകാര്യമാകുന്ന രീതിയിൽ ചില ഞാൻ ഇതൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാനിന്ന ആളാണ് ഞാൻ വളരെ ഡീസൻറ്റാണ് എന്ന് പറയുക അതാണ് നമ്മൾ ആദ്യം പിന്നെയോ നമ്മുടെ ശരിയായ നമ്മളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന് പറയാം ഭർതൃഹരി ഭർതൃഹരി പറയുന്നുണ്ട് ഭഗവാൻ എന്താ മഹാലക്ഷ്മിയോട് പറയാണ് അല്ലയോ ജഗതീശ്വരി അങ്ങ് എന്നെ വന്നിട്ട് എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്നെ പോലുള്ള ആളുകളെ വിട്ടേക്ക് അമ്മയെ ഉപാസിക്കുന്ന ആളുകളുണ്ട് ആര് ആരാണ് ഭോഗത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ പോയിട്ട് ഉപാസിക്കൂ എന്നെ പോലുള്ളവരെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് എന്നെ ഒഴിവാക്കൂ എന്ന് പറയുക ആഗ്രഹമുള്ളവരുടെ അടുത്തേക്ക് ചെല്ലൂ എന്നെ പോലുള്ളവരുടെ മുൻപിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം എനിക്ക് അതിൽ ശ്രദ്ധയില്ല അതിൽ ശ്രദ്ധ ഉണ്ടാക്കിത്തരാൻ നിങ്ങൾക്ക് സാധ്യമല്ല എൻ്റെ ശ്രദ്ധ മറ്റൊന്നിലാണ് അപ്പൊ ഭഗവാൻ ഇത് പറയുന്ന സമയത്ത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾക്ക് തോന്നില്ലേ ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പലതിന്റെ ഉത്തരം കിട്ടിയോ എന്തുകൊണ്ട് ഭർത്താവ് വിളിച്ചാൽ വരുന്നില്ല എന്ന് എന്തുകൊണ്ട് ഭാര്യ വിളിച്ചാൽ വരുന്നില്ല എന്ന് ഇതില് ഇത് കേൾക്കാൻ വരൂ വരൂ എന്ന് പറയുമ്പോ പിന്നെ ചിലർ പറയാറുണ്ട് സ്വാമി പിന്നെ അദ്ദേഹം വിളിച്ചാൽ വരൂ എന്നില്ല പക്ഷെ സ്വാമിയുടെ ടി വിയിൽ കേൾക്കാറുണ്ട് കേട്ടോ അത് പറയണല്ലോ മതി ചിലപ്പോ നമ്മളെ പോലെ ഇങ്ങനെ എല്ലായിടത്തും വരാനുള്ള സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ മറ്റു പല സംഗതികളും ഉണ്ടാവും ഏതായാലും നമുക്ക് മറ്റൊരാളുടെ ശ്രദ്ധയിൽ ഇടപെടാൻ എന്താ പറയാ നമുക്കത് സ്വാധീനിക്കാൻ സാധ്യമല്ല എന്ന് പറയാം നമുക്കത് അറിയാം എന്ന് മാത്രം ഓരോരുത്തർക്ക് ശ്രദ്ധയും ഉണ്ടാവുന്നതിന് അപ്പൊ ഈ ശ്രദ്ധ എവിടുന്നാണ് ഉണ്ടാക്കേണ്ടത് ഇതൊക്കെ അന്വേഷണം വരും ഒരാൾക്ക് ചോ ചോദിക്കാം അപ്പൊ സ്വാമി കുട്ടികൾക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അത് ഞാൻ നല്ല ശ്രദ്ധയുള്ളവളായിരിക്കണം ആയിരിക്കണം ആയിരുന്നു എപ്പം എന്നല്ല പറഞ്ഞുവല്ലോ ആ സമയത്ത് ആ സമയത്ത് എനിക്ക് എന്തിലായിരുന്നു ശ്രദ്ധ ആ സമയത്ത് എന്റെ ശ്രദ്ധ ടി വി സീരിയലിലും മസാലദോശയിലും ഇങ്ങനെയുള്ളതിലുമൊക്കെ അപ്പൊ അവന് അങ്ങനെയുള്ള ശ്രദ്ധയുണ്ടാവും വളരെ വലിയൊരു അപകടം പിടിച്ച പണിയാണ് ജീവിതം എന്നുള്ളത് കാർഹസ്ത്യം എന്നതൊക്കെ ഇപ്പൊ തോന്നില്ലേ നമ്മുടെ പരിപാടി ആയിരുന്നു ഏറ്റവും നല്ലതെന്ന് സ്വാമി എത്ര കാലായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് വളരെ വളരെ യോയോ യാം യാം തനും ഭക്ത ശ്രദ്ധയാ ശ്രദ്ധയാർച്ചിതും ഇച്ചതി തസ്യ തസ് അചലാം ശ്രദ്ധാം താമേവ വിദതാമി അഹം ഞാൻ തന്നെയാണ് അവന് അതിൽ ശ്രദ്ധയുണ്ടാക്കുന്നത് അപ്പൊ ഭഗവാൻ എന്തൊരനുഗ്രഹം നമുക്ക് തരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ശ്രദ്ധയെ മാറ്റിയാൽ മതി എന്താണ് എനിക്ക് വേണ്ടത് അതങ്ങട്ട് അതില് ശ്രദ്ധ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളകാത്ത ശ്രദ്ധ ഭഗവാൻ ഉണ്ടാക്കിത്തരും തുടർന്നു ശ്രദ്ധയാധനമീഹത്തെ സയാദ്ധയാുക്ത ആരാധനമീഹത്തെ ലഭത്തെ ചത കാൻ മയാതാൻ ഹിതാൻ സഹ്രദ്ധയുളളവൻ തയാ ശ്രദ്ധയാുക്ത താഹ തയാ ആ ശ്രദ്ധയോടുകൂടി തയാ ശ്രദ്ധയാ ആ ശ്രദ്ധയോടുകൂടി യുക്ത കൂടിയവനായിട്ട് താഹ ആരാധനം അതിൻ്റെ ഏതെങ്ങനെയാണോ അവൻ ഉപാസിച്ചത് അതിൻ്റെ ആരാധനം അതിൻ്റെ ആരാധനയെ അതുമായിട്ടുള്ള ചേർച്ചയെ അതുമായിട്ടുള്ള എന്താ പറയുക കൂടിച്ചേരാനുള്ള അവന്റെ താൽപര്യത്തെ ഇഹ എന്താ ഈഹദേ ഈഹതെ എന്ന് പറഞ്ഞാൽ അവൻ നിരന്തരം തതഹ അതിൽ നിന്നും ആ ദേവതയിൽ നിന്ന് ഏതൊരു ദേവതയുമായി ദേവത എന്ന് പറയുമ്പം ദിവ് ദ്യോതന സ്വരൂപം പ്രകാശിപ്പിക്കുന്നത് ഏതും നമ്മൾ വേറെ നമ്മുടെ മനസ്സിലുള്ള ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ പല പല പല ദേവന്മാരും ഈ പ്രപഞ്ചത്തിലെല്ലാം ദേവന്മാരാണ് പഞ്ചമഹാഭൂതങ്ങളെ ദേവതകളായിട്ട് പറഞ്ഞിരിക്കുന്നു അഗ്നി ദേവനാണ് വായുദേവനാണ് ഭൂമിദേവനാണ് ദേവൻ ദേവത എന്തെങ്കിലും ഇതെല്ലാം അപ്പൊ ഇതിൽ ഏതനെ ഏതിനെയാണോ ഇവൻ ആരാധന ചെയ്യുന്നത് അതിൽ എന്തുണ്ടാക്കുന്നു തഥ അതിൽ നിന്ന് ആ ദേവതയിൽ നിന്ന് മയാ വിഹിതാൻ മയാ പറഞ്ഞാൽ എന്നാൽ വിഹിതാൻ നൽകപ്പെട്ട താൻ കാമാൻ ഏവ ആഗ്രഹത്തെ ഫലത്തെ ലപതേച്ച ഹി അത് ലഭിക്കുന്നു അപ്പൊ അതിലൂടെയും ഇവന് കിട്ടുന്നത് എന്താണ് എന്നെയാണ് എന്നാൽ നൽകപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഞാൻ അവിടെ അവിടെ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു വെച്ചിട്ടുണ്ട് അതാണ് ഇവന് കുറേശ്ശെ കുറെശ്ശെ കെട്ടുന്നത് എന്ന് പറയുന്നത് ഈ രാജാവ് ദാനം കൊടുത്തതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ രാജാവ് ഒരിക്കൽ വിളംബരം ചെയ്തു എല്ലാവരോടും വന്ന് എന്താ വേണ്ടത് മേടിച്ചു പോയിക്കോളാൻ രാജാവ് അങ്ങനെ വലിയ പന്തലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ തുടക്കത്തിൽ കയ ആ അവിടെ എന്താ ഉള്ളത് അവിടെ ഈ പച്ചക്കറിയൊക്കെ ഉണ്ട് വലിയ വലിയ ഇളവൻ മത്തൻ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഗൃഹോപകരണങ്ങളുണ്ട് ആട്ടുകല്ലുണ്ട് അമ്മിക്കല്ലുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പാത്രങ്ങളുണ്ട് വലിയ ബക്കറ്റ് അത് ഇത് അങ്ങനെയുള്ളതൊക്കെ അപ്പൊ ഈ ആളുകൾ ആദ്യം തന്നെ വന്നിട്ട് ഈ ബ ഈ അമ്മിക്കല്ലും ഇങ്ങനെയുള്ള കുറേ ഇളവനും മത്തനുമൊക്കെ എടുത്ത് അങ്ങനെ പൊങ്ങാത്ത ഇതുമായിട്ട് അവരങ്ങനെ പോയി എന്ന് പറയാ രാജാവ് ഏറ്റവും എന്താ ഒരു ഏറ്റവും പിറകിലായിട്ട് ഏറ്റവും അവസാനമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് രാജാവ് കൊടുക്കണേ എന്താണെന്നറിയോ രക്തങ്ങളും വൈരങ്ങളും അവിടെയൊന്നും ആരും എത്തുന്നില്ല ഈ അമ്മിക്കൊല്ലും ഇതൊക്കെയായിട്ട് അങ്ങോട്ട് പോവുകയാണ് കണ്ടെടുത്ത് പോയിട്ടെല്ലാം മുൻപിലേക്ക് നടക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല ഇവിടുന്ന് ഒന്നും എടുക്കാതെ അങ്ങോട്ട അതുവരെ എന്താ ഒന്ന് പോയി നോക്കാമെന്ന് നമ്മൾ ഈ എക്സിബിഷനൊക്കെ ടിക്കറ്റൊക്കെ എടുത്തു കയറില്ലേ എന്താ ചെയ്യുക ആദ്യം തന്നെ ആദ്യം തന്നെ അവിടെ നോക്കും എന്നിട്ട് ഒരു പോപ്കോൺ മേടിക്കും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ച് കുറച്ചങ്ങോട്ട് നടന്നിട്ട് പറയും മതി ഇനി പോവാമെന്ന് പറയും പിന്നെ ഒരു ദിവസം വരാമെന്ന് പറയും എന്നാ ശരി നമുക്ക് അവിടെ അതുവരെ ഒന്നും പോയി നോക്കാം പോയില്ല അപ്പൊ ഇതിലൊക്കെയാണ് അവരുടെ ശ്രദ്ധ ഈ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി അതിലവർ തൃപ്തരാകുന്നു അപ്പൊ അതിൽ തൃപ്തി എന്നെ വേണ്ടവർക്കോ എന്നെ വേണ്ടവർക്ക് ഞാൻ തന്നെ ഇരിക്കുകയാണ് അവിടെ എന്നെ വേണ്ടവർക്ക് ഞാൻ എന്നെ തന്നെ കൊടുക്കും എന്നിൽ നിന്ന് വേണ്ടവർക്ക് എന്നിൽ നിന്ന് ഞാൻ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ കൊടുക്കും എന്ന് പറയാ അതുകൊണ്ട് ആരെ വേണം എന്നുള്ള ആസക്തിയാണ് വേണ്ടത് ഭഗവാനെ തന്നെ എനിക്ക് വേണം ബുദ്ധൻ പറയും ആസക്തിയോളം പൊള്ളുന്ന അഗ്നി വേറെ ഇല്ല ബുദ്ധന്റെ വചനങ്ങൾ ആസക്തിയോളം പൊള്ളിക്കുന്ന ഒരു അഗ്നിയില്ല അതുപോലെ അദ്ദേഹം പറയും കാമ കാമം പോലുള്ള എന്താ പറയാ വെറുപ്പ് അല്ലെങ്കിൽ കാമ വെറുപ്പ് കാമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വാക്കുകൾ അതുപോലെ മുറുക്കുന്ന ചന്നലകളില്ല നിങ്ങളുടെ മാർഗത്തെ നിങ്ങൾ തന്നെ എത്രമാത്രം എന്താ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള ചങ്ങലകളെ നിങ്ങളെത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നത് നല്ല പ്രയോഗമാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണോ അതിനെ നാം സ്നേഹിക്കുന്നത് എത്ര മാത്രം എന്ന് അതിനോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹമാണ് പ്രേമമാണ് എന്താണോ നമ്മളെ താഴ്ത്തുന്നത് ഇന്ന് എന്താണോ ഒരുവനെ സമൂലം താഴ്ത്തുന്നത് അതിനെയൊക്കെ ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഇന്ന് അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക അതിനെ ഒരു ഐഡിയലായിട്ട് അതിനെയൊക്കെ അംഗീകരിച്ചിരിക്കുക പലതും എന്തൊക്കെ നമ്മളെ എന്താ കുഴിയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ഉണ്ടോ അതിനെയെല്ലാം നാം ഇന്ന് പരിഷ്കാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ പേരിൽ നാം അംഗീകരിച്ചിരിക്കുന്നു സ്വാമി ഇത് പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായോ എന്നറിയില്ല വ്യക്തമാക്കാൻ വേണ്ടി സ്വാമി വേണമെങ്കിൽ പറയാം നമ്മൾ കാണുന്ന സിനിമകൾ നമ്മൾ കാണുന്ന സീരിയലുകൾ ഇതൊന്നും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയതല്ല പലതും പല അവരുടെ വാക്കുകൾ ഇതൊക്കെ നമ്മുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കണം എന്താണ് ആ ചേട്ട ആ അങ്കിള് ആ ആന്റിയോട് പറഞ്ഞതെന്ന് നിനക്കെന്താ അതൊക്കെ അറിഞ്ഞിട്ട് കാര്യം അല്ല ഒന്നുമില്ല ഒന്നുമില്ല വെറുതെ ചോദിച്ചതാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ അത് ചോദിച്ച് മനസ്സിലാക്കില്ല അവൻ ചോദിച്ച് മനസ്സിലാക്കും അവൻ മനസ്സിലാക്കി വരുമ്പോൾ അത് കാര്യം വേറെയൊക്കെ ആയിട്ടാണ് അപ്പം എന്തൊക്കെ ഉണ്ട് നമ്മളെ താഴ്ത്താൻ അതൊക്കെ ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് കാണുക ഒരുമിച്ചിരുന്ന് കേൾക്കുക അതിനെയൊക്കെ നമ്മൾ ആ അതിപ്പോ അത് എന്നിട്ട് നമ്മളിപ്പോ കുട്ടികളുണ്ടല്ലോ എല്ലാവരെയും പിള്ളേർക്ക് ഞാൻ തോരോ പോട്ട തരങ്ങളും പറഞ്ഞിങ്ങനെ ഇരിക്കുക ആരാ ചെയ്തത് ഇതൊക്കെ ഞാൻ തന്നെ ഞാനങ്ങനെ ഇരുന്നിങ്ങനെ ചിരിക്കുക എന്നിട്ട് ഇങ്ങനെ നോക്കുക അടങ്ങണിട്ടിട്ട് ഇവൻ കണ്ണുമൊഴിച്ച് നിൽക്കുക ചിലതൊക്കെ കണ്ടിട്ട് പണ്ടൊക്കെ ഇവിടെയൊക്കെയാണ് നമ്മുടെ ഋഷിയെ ആ ഋഷി മനസ്സിനെ നിങ്ങൾ നമിക്കുക അവരുടെ കൃതിയിൽ അവർ ഒന്ന് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഭാവന ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഓരോ മനസ്സിനെയും ആ മനസ്സിൽ ഈ ചിന്താ അത് അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏത് പ്രകാരത്തിലായിരിക്കും അതിൻ്റെ പ്രതിപ്രവർത്തനമെന്ന് കണ്ടവരാണ് മനീഷികൾ അതുകൊണ്ടാണ് മനീഷി എന്ന് പറഞ്ഞത് മനസ്സ ഈഷ്ടതേ ഇതി മനീഷി മനസ്സിൻ്റെ അപ്പുറത്തേക്ക് പോയി സമഷ്ടി മനസ്സിൽ സഞ്ചരിക്കാൻ പോകുന്നത് ഞാനൊരു കാര്യം ഞാനൊരു ആശയത്തെ പുറത്തേക്ക് വിടുന്ന സമയത്ത് ആ ആശയം ഏറ്റുവാങ്ങുന്ന മനസ്സുകൾ ആ മനസ്സിൽ ഈ ആശയം ഏത് പ്രകാരത്തിൽ അതിൻ്റെ മാറ്റൊലികൾ അത് കർമ്മ ഭൂമികയിൽ എന്തൊക്കെ സ്വാധീനം ഏതൊക്കെ പ്രകാരത്തിൽ ചെലുത്തുമെന്ന് അറിയുന്നത് ഇന്നത്തെ സീരിയലുകൾക്ക് ഇന്നത്തെ സിനിമകൾക്ക് ഇതുണ്ടോന്നാണ് ഇന്ന് ഗൗരവമാർമ്മ ചർച്ചകൾ നടക്കുക എന്തൊക്കെ മുഖ്യതാരം അതായത് ഹീറോ സിഗരറ്റ് വലിക്കുന്നത് ശരിയോ തെറ്റോ അതുകൊണ്ടാണല്ലോ അച്ഛനോട് മോൻ ചോദിക്കുക ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് അതെ പല കുട്ടികളും ഇപ്പം ഇതൊക്കെയാണോ പറയുന്നത് പിന്നെ എല്ലാം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക പിന്നെ അച്ഛനും അച്ഛനും അമ്മയും ഇവരും ഒക്കെ ഉള്ളപ്പം ഈ കുട്ടി ഈ ഡയലോഗൊക്കെ പറയുന്നത് ഇവർക്ക് വലിയ ഇഷ്ടമായിരുന്നു അപ്പൊ ഇവരതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാ അച്ഛന്റെ ഓഫീസിന്ന് അച്ഛന്റെ ബോസ് വന്നപ്പം ബോസിനോട് കുട്ടി ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും അവൻ വിചാരിച്ചത് എല്ലാവർക്കും ഇഷ്ടാവും അവന്റെ അവനെ സംബന്ധിച്ച് ഇത് സ്വീകാര്യമായിട്ടുള്ള ഒന്നാ അപ്പൊ നമ്മളെ താഴേക്ക് കൊണ്ടുപോകുന്നതിനും എല്ലാം തന്നെ നമ്മൾ ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെറുതെ കുറ്റം പറയുക സഹ അവൻ തയാ ശ്രദ്ധയായുക്ത ഏതൊന്നിലാണോ അവന് ശ്രദ്ധയുള്ളത് അതിലെ തസ്യാഹ അതിന്റെ ആരാധനം ഈഹത അതിന്റെ ആരാധനത്തെ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു തതഹ മയാ വിഹിതാൻ താൻ കാമാൻ ഏവ ലഭതേച്ച ഹി അതുകൊണ്ട് ഈശ്വരനെ നിങ്ങൾക്ക് ഒരു പ്രകാരത്തിലും ഒരു ഇടത്ത് നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല മൂപ്പരെല്ലായിടത്തും എത്തും അസുരനായിട്ടോ സ്വരനായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അതാണ് നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു സമ്പന്നമായ ഭാവം അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇന്നടത്ത് ഇരിക്കണോ എന്നോ ഒന്നുമല്ല ഞാൻ അവനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ ഈ ശ്ലോകം വ്യാഖ്യാനിക്കുന്ന പക്ഷം കള്ളുകുടിയല് കള്ളു കുടിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാക്കുന്നത് ആരാണ് ഞാൻ സിഗരറ്റ് വലിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാക്കുന്നത് ഞാൻ കള്ളന് കള്ളത്തരം ചെയ്യാനുള്ള ശ്രദ്ധ ഉണ്ടാക്കുന്നത് ഞാൻ ആ കള്ളന് എന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ബുദ്ധന്റെ അടുത്ത് ഒരു കള്ളൻ ചെന്ന സമയത്ത് ഇതാണ് തിരുത്തലിട്ടോ ഇത് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളൂ ബുദ്ധന്റെ അടുത്ത് കള്ളൻ ചെന്നിട്ട് പറഞ്ഞു എന്താ എനിക്ക് ഉപദേശിക്കണം പക്ഷേ ദേവ ഇത് കക്കാൻ പാടില്ല എന്ന് പറയരുത് അപ്പൊ ബുദ്ധൻ പറയുന്നുണ്ട് നിന്നോട് ആരാണോ കക്കരുതെന്ന് പറഞ്ഞത് അവനാണ് കള്ളൻ ഇനി മേലിൽ കക്കരുത് കളവ് തെറ്റാണ് എന്ന് പറഞ്ഞവരൊക്കെ കള്ളന്മാരാ ഞാൻ നിന്നോടത് പറയില്ല ഞാൻ നിന്നോട് പറയുന്നത് ഇത്ര മാത്രം ബോധപൂർവം കക്കണം നീ കക്കുന്നത് ബോധപൂർവമാവട്ടെ അങ്ങനെയാണ് എന്താ രാജധാനി കയറുന്നതും കളവ് നടത്തുന്ന സമയത്ത് ബുദ്ധൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നതും കള്ളനും വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവുന്നത് ബോധവും ഇതും തമ്മിലുള്ളൊരു സംശയം ജനിക്കുന്നത് പിന്നെ ബുധന്റെ അടുത്തേക്ക് വരുന്നതും ബുദ്ധന്റെ എന്താ അനുയായിയായിട്ട് ശിഷ്യനായി കൂടുന്നതും മറ്റും അപ്പൊ ഞാനാണ് അത് ഉണ്ടാക്കുന്നത് എപ്പോഴാണ് ബോധത്തെക്കുറിച്ച് ശ്രദ്ധയുണ്ടാക്കിയതാരാണ് ഞാൻ തന്നെയാണ് അതിലേക്ക് ശ്രദ്ധ വന്നത് അപ്പൊ ഇത് നിരർത്ഥകമായത് അതും ഞാൻ തന്നെ കാണും അപ്പൊ അവന്റെ ശ്രദ്ധ തീവ്രമായി ഇതിലേക്ക് എന്ന് പറയാം ബോധത്തെക്കുറിച്ച് ശ്രദ്ധയുണ്ടാക്കിയ ഞാൻ തന്നെയാണ് അതിലേക്ക് ശ്രദ്ധ വന്നത് അപ്പൊ ഇത് നിരർത്ഥകമായത് അതും ഞാൻ തന്നെ കാണും അപ്പൊ അവന്റെ ശ്രദ്ധ തീവ്രമായി ഇതിലേക്ക് എന്ന് പറയാം അപ്പൊ നിങ്ങൾക്ക് തീവ്രമായാ മതി ശ്രദ്ധ ശ്രദ്ധയെ തീവ്രമാക്കണമെങ്കിലോ പണിയുണ്ട് ധ്യാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യേണ്ടതാണ് ഏത് കാര്യത്തെയും അതിവർത്തിക്കണമെങ്കിൽ പ്രാണനെ ശരീരത്തിനകത്തേക്ക് പൂരിപ്പിച്ചിട്ടും പ്രാണനെ ശരീരത്തിനകത്തുനിന്ന് പുറത്തേക്ക് വിട്ടിട്ടും അപ്പൊ ശരീരത്തിനകത്തുനിന്ന് പ്രാണനെ പൂർണ്ണമായി പുറന്തള്ളിയതിന് ശേഷം നമ്മള് തീരുമാനമെടുക്കുക എന്താണോ നമുക്ക് തീരുമാനമെടുക്കേണ്ടത് അത് തീരുമാനമെടുക്കുക എത്ര പ്രാവശ്യം ഒരഞ്ച് പ്രാവശ്യമെങ്കിലും ഉദാഹരണത്തിന് ഒരാള് ഒരാൾക്ക് തീരുമാനിക്കണം എന്ത് സിഗരറ്റ് വലിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം മോചിതനാകണം അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് അധിവർത്തിക്കാം വളരെ ഈ ഒരാഗ്രഹം വളരെ ആത്മാർത്ഥമായിരിക്കണം അല്ലാതെ ഉപായത്തിൽ എന്നൊന്നുമല്ല എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം പക്ഷേ കുറെ കാലമായിട്ട് ഞാൻ ഇതിൽ ഇത് തന്നെയാണ് ശീലിച്ചു വരുന്നത് ശരി നിങ്ങൾക്ക് ഒരാൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതെ ഒരാൾക്ക് അതിനെ അതിജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കില് സ്വാമി പറയൂ ഞാൻ പോയിട്ട് അദ്ദേഹത്തിനോട് പറയാം എന്നല്ല ഇത് കൈമാറ്റം ചെയ്യേണ്ടതല്ല കൈമാറ്റം നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ നിങ്ങൾ ഒരാളെ ആഗ്രഹിക്കുന്നു അയാൾ നന്നാക്കി എടുക്കാം എന്നാ എന്തെങ്കിലും ഒരു വിദ്യ ഉണ്ടോ അങ്ങനെയല്ല ഇത് ആത്മാർത്ഥമായിട്ട് തനിക്ക് ഇതിൽ നിന്ന് ഇതിൽ ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രാണനെ ശരീരത്തിനകത്തുനിന്ന് പുറത്തേക്ക് വിടുക എന്നിട്ട് പ്രാണനെടുക്കാതെ പ്രാണന് എന്താ നമ്മൾ പറയല്ലോ പൂരകം കുമ്പകം രേചകം രേചകം പുറത്തേക്ക് വിട്ടു കഴിഞ്ഞതിന് ശേഷം പ്രാണനെടുക്കാതെ നാം ഈ തീരുമാനം എടുക്കുക എന്താ തീരുമാനം ഞാൻ സിഗരറ്റ് വലിക്കില്ല ആലോചിച്ചോളൂ അല്ല പരീക്ഷിച്ചോളൂ നമുക്ക് പത്ത് മണിക്ക് അവിടെ പോകണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലിളകാൻ തുടങ്ങും പോണ്ടേ പോണ്ടേ പോണ്ടേ എന്ന് ചോദിച്ചുക ഇപ്പൊ നാം എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ നാം പറയുന്ന വാക്കുകളിലൊന്നും മനസ്സില്ല വെറും വനരോധനം എന്ന് പറയും അങ്ങനെ പറയാം ഞാൻ വരാം നാളെ പത്ത് മണിക്ക് വരാം എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ വരില്ല പിന്നെ ഇതൊക്കെ ഒരു ഫോർമാലിറ്റി അല്ലേ ഹാർ ഐ ആം ഫൈൻ ഫൈൻ ആയിട്ടാണോ പറയുന്നത് അല്ല എന്നിട്ട് കഷ്ടപ്പാട് മുഴുവൻ പറയും പക്ഷെ ഹൗ ആർ യു എന്ന് ചോദിച്ചാ ഫൈൻ എന്ന് തന്നെ പറയണം എന്ന് നമ്മളെ ആരോ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ അപ്പൊ പറയാലോ അയ്യോ എന്ത് എന്ത് പറയാനാ കുറെ പ്രശ്നങ്ങളുണ്ട് ഇല്ല നമ്മളത് പറയ നമ്മൾ ആദ്യം എന്ത് പറയും അപ്പൊ നമുക്കൊരു തീരുമാനം എടുത്ത് ആ തീരുമാനം നമ്മുടെ മുഴുവൻ ശരീരവും മുഴുവൻ ആളുകളും എല്ലാവരും അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഇത് പലതും പറ ശരിയാ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ പലതും നമ്മൾ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് ചിലർ ചോദിച്ചു ഞാൻ അടുത്ത മാസം ഇത് കൊണ്ടുവരട്ടെ അല്ലെങ്കിൽ അത് വരട്ടെ ഇത് ആ ശരി ശരി നിങ്ങൾ അടുത്ത മാസം വന്നോളൂ ആ ശരി സൗകര്യത്തിൽ ആവാം ആ ഒരു ദിവസം വരും ഞാൻ വരാം അങ്ങോട്ട് പറയുന്നേ ഉള്ളൂ നടക്കില്ലേ അതൊന്നും എന്തുകൊണ്ടാ ശ്രദ്ധ ഇല്ല ആയിരുന്നു ഓ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ഓ സോറി കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത വർഷമാക്കാം അങ്ങനെ പറയേണ്ടി വരുന്ന എന്തുകൊണ്ടാ ആരും അറിയുന്നില്ല വാക്കുകൾ എന്തൊക്കെയോ ഇങ്ങനെ ഇവിടുന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിന് ബന്ധം എവിടെയാന്ന് വെച്ചാൽ ഈ ചെറിയൊരു ഒരു രണ്ടിഞ്ച് ഇതേ ഉള്ളൂ സ്ത്രീകളെ സംബന്ധിച്ച് അതിന് കുറച്ചുകൂടെ നീളം കൂടുന്നു പറയുന്നേക്കാറുണ്ട് അങ്ങനെ സ്വാമി പറയണ അല്ല ആരൊക്കെയോ പൂർവികമാര് പറഞ്ഞു വെച്ചതാണ് അതില് സ്വാമിക്ക് ഉത്തരവാദിത് അതുകൊണ്ട് ഭക്ഷണത്തിലെ രുചി അവർക്ക് കൂടുതലാണത്ര അത് ഇത് നീളം കൂടുതലായതുകൊണ്ട് അപ്പൊ ഇത് മാത്രമേ അറിയുന്നുള്ളൂ ഇവിടെ മാത്രം വേറെ ആർക്കും അറിയില്ല എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ തീരുമാനിച്ചു എന്ന് എല്ലാവരും അറിയണം മൊത്തം അങ്ങനെ അതിനെയാണ് ശ്രദ്ധ പറയുക അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അതിലെ തന്നെ നിരന്തരം ശ്രദ്ധയുണ്ടാക്കി കൊടുക്കും അവര് തഥ മയാ വിഹിതാൻ താൻ കാമാൻ ഏവ ലഭതേച്ച അവർക്ക് ആ കാമങ്ങളെ ഇഷ്ടഫലങ്ങളെ ലഭിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് ലഭതേച്ച ഹി ഭഗവാൻ ചോദിക്കുക അതല്ലേ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് തുടർന്ന് ി അന്ധവത്വ ഫലം തേഷാം തദ്വതി അല്പമേധസാംയജന്തി മത്ഭക്തയാന്തി മാം അപി ഇവിടെ ഭഗവാൻ പറയുന്നു എന്താണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്താണ് നമുക്ക് ആവശ്യം അതിന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരിക അൽപമേധസാം മേധസ അൽപ്പമായ ബുദ്ധി മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി അൽപ്പബുദ്ധികളായ പേഷാം അവരുടെ പേഷാം അൽപ്പമേധസാം അവർക്ക് ബുദ്ധി അല്പമേ ഉള്ളൂ എന്താ അല്പബുദ്ധി എന്ന് പറയുന്നത് അവരുടെ ബുദ്ധിയെ അവട്ട് വികസിച്ചിട്ടില്ല എന്ന് പറയാം അതായത് ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞല്ലോ സ്ഥൂലം സൂക്ഷ്മം തീക്ഷണം അല്ലെ മന്ദം സ്ഥൂലം തീക്ഷണം സൂക്ഷ്മം അപ്പൊ സൂക്ഷ്മബുദ്ധികൾ തത് ഫലം തു അന്തവത് അതിൻ്റെ ഫലമാകട്ടെ ഇവിടെ അന്തവത് എന്ന് പറഞ്ഞാൽ അതിനവസാനമുള്ളതാണ് അറിഞ്ഞുള്ള എന്താണ് ഞാൻ മറ്റു പല വിഷയങ്ങളെ സമീപിച്ച് ആ വിഷയങ്ങളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുമ്പം അതിനെന്തുണ്ട് അവസാനമുണ്ട് ദേവയജ ധ ദേവ ദേവന്മാരെ ആരാധിക്കുന്ന ദേവാരാ ദേവാരാധകന്മാര് ദേവാൻ യാന്തി അവരുടെ ഇഷ്ടദേവതകളെ പ്രാപിക്കുന്നു അതാത് വിഷയങ്ങളെ പ്രാപിക്കുന്നു മദ്ഭക്താഹ എന്റെ ഭക്തന്മാർ മാം യാന്തി എന്നെ പ്രാപിക്കുന്നു എന്ന് പറയാ രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരാള് പഠിക്കാൻ വന്നു ഗുരുകുലത്തില് ആശ്രമത്തിൽ എന്നിട്ട് രാമകൃഷ്ണദേവനോട് പറഞ്ഞു ഭഗവാൻ എനിക്ക് സിദ്ധികളൊക്കെ പഠിപ്പിച്ചു തരണം എന്ന് പറയാം രാമകൃഷ്ണദേവൻ ഏറ്റവും വെറുക്കുന്നത് സിദ്ധികളെയാണ് രാമകൃഷ്ണദേവന്റെ ഭാഷ ആ സിദ്ധിയിൽ വളരെ എന്താ പറയുക അറപ്പുളവാക്കുന്ന ഭാഷ രാമകൃഷ്ണദേവൻ പ്രയോഗിക്കും അത് നമ്മൾ രാമകൃഷ്ണ വചനാമൃതം വായിച്ചു കഴിഞ്ഞാൽ അതത്രയും എന്താ പറയുക ഇനി അങ്ങോട്ടൊരു ഇത് പറയാനില്ല രാമകൃഷ്ണദേവൻ അങ്ങനെയാ പറയുക അങ്ങനെ ഒരു മഹാത്മാവാണ് അദ്ദേഹം അപ്പൊ രാമകൃഷ്ണദേവന്റെ അടുത്തേക്ക് ഒരു വിദ്വാൻ പഠിക്കാൻ വേണ്ടി വന്നു എന്താ പഠിക്കേണ്ടത് അവന് സിദ്ധികളൊക്കെ പഠിക്കണം രാമക്ഷണദേവൻ പറഞ്ഞു എന്റെ അടുത്ത് ഒരു സിദ്ധിയും ഇല്ല ഞാനൊരു പാവം പറഞ്ഞു വിട്ടുപാട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അവൻ വന്നു രാമക്ഷണദേവന്റെ അടുത്ത് അപ്പം രാമക്ഷണദേവന് പ്രായമായിട്ടുണ്ട് ഇവൻ ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം വിചാരിച്ചു രാമേഷ്ണദേവിന് മനസ്സിലായിട്ടില്ല എന്ന് പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായിട്ട ആളാരാണെന്ന് ഗുരുദേവ ഓ എന്താ ഞാൻ വന്നു ഓ വന്നോ നന്നായി എന്താ ഞാനിപ്പം വെള്ളത്തിന്റെ മുകളിൽ നടക്കും കഷ്ടം എന്ന് രാമേഷ്ണദേവൻ പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി മന ചെവി കേൾപ്പ് കുറവായിന്നാ തോന്നണത് കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞു പിന്നെ ഓ ഞാൻ ആ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കും കഷ്ടം അതെന്താ അത് അസൂയ കൊണ്ട് തോന്നുന്നതാണെന്ന് പറയാം കാരണം അദ്ദേഹത്തിന് ഇതൊന്നും പറ്റില്ലേ വെള്ളത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചാ താഴ്ന്നു പോവും എനിക്കത് സാധിക്കും എന്ന് പറയാ അപ്പൊ രാമശ്വരദേവൻ പറമേശ്വരദേവനോട് ചോദിച്ചു എന്താ അങ്ങ് അങ്ങനെ പറയുന്നത് കഷ്ടം എന്ന് അല്ല ഏടാ പന്ത്രണ്ട് വർഷം കൊണ്ട് നീ നേടിയത് ഇരുപത്തഞ്ചു പൈസ കടത്തുകാരന് കൊടുത്താൻ സാധിക്കുന്ന കാര്യമാണല്ലോ ആ ഗംഗയുടെ ഇരുപത്തഞ്ച് വയസ് അവന് കൊടുത്താൽ മതി അവൻ നിന്നെ അപ്പുറത്ത് കൂടുവിടും ഞാൻ ആലോചിക്കുക നീ ഉയരേണ്ടവനാണ് നീ ഇപ്പം സ്വായത്തമാക്കിയ കല എത്രയോ താഴെയുള്ള നീച യോനി നീജ എന്ന് പറഞ്ഞാൽ നികൃഷ്ടം എന്നല്ല താഴെയുള്ള യോനിയിൽ കഴിയുന്ന മത്സ്യങ്ങൾക്ക് സാധിക്കുന്ന കലയാണ് വെള്ളത്തിൽ നീ അതിൽ നിന്നൊക്കെ ഉയർന്നവനല്ലേ നീ ആകാശഗമനം ചെയ്യേണ്ടവനല്ലേ അപ്പൊ നീ പന്ത്രണ്ട് വർഷം എടുത്തത് ഇതാണോ പന്ത്രണ്ട് വർഷം പോയി പഠിച്ചിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കഷ്ടം എന്ന് പറയുക അപ്പൊ അന്തവന്ത അതിനെന്തുണ്ട് അവസാനമുണ്ട് അല്പമേധസാം തേഷാം തത് ഫലം തു അന്തവത് അത് അവസാനമുള്ളതായി നാശമുള്ളതായി ഭവതി ഭവിക്കുന്നു ജ ദേവാന്തി ദേവന്മാരെ യജിക്കുന്നവര് ദേവന്മാരെ പ്രാപിക്കുന്നു മദ്ഭക്ത മാം യാന്തി എന്നെ ഭജിക്കുന്നവർ എന്നെ പ്രാപിക്കുന്നു എന്നെ പ്രാപിച്ചവന് മരണമില്ല എന്ന് പറയാം എന്റെ ഭാവത്തെ അവർ പ്രാപിക്കുന്നു തുടർന്ന് അവ്യക്തം വ്യക്തിമാ പഞ്ബുദ്ധയ പരം ഭാവമ अव्यक्तं अव्य व्यक्ति आपन्न मन मबुदय परम भाव अजानंद मम अयुत मम अव्ययम अव्ययं नाश व्यय नाशरहितम श्रेष्ठ परम भावं ഉത്കൃഷ്ടമായ ഭാവത്തെ അജാനന്ദ അറിയാത്ത മൂടാഹ അബുദ്ധയ മൂട ബുദ്ധിഹീനന്മാർ അവ്യക്തം മാം അവ്യക്തമായ വ്യക്തമല്ലാത്ത മാം എന്നെ വ്യക്തിം ആപന്നം എന്താണ് വ്യക്തിയെ പ്രാപിച്ചവനായി വിചാരിക്കുന്നു ഇത് ഭഗവാൻ ഉവാച ഭഗവാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഭഗവാൻ ഈശ്വരനെ ഒരു വ്യക്തിയായി കാണുന്നവൻ മൂടനാണ് അപ്പൊ നമ്മുടെ ഭാവന ഭഗവാൻ എവിടെയോ കസേരയിലിരുന്ന് ഈ കാര്യങ്ങളെയൊക്കെ ഒരു ബൈനോക്കുലറോ അങ്ങനെ സൂക്ഷ്മദർശിനിയിലൂടെ അങ്ങനെ നോക്കി ചിലത് കൊടുക്കുന്നവനാണ് എന്ന് നാം കരുതുന്നുവെങ്കിൽ അവരാരാണ് മൂടന്മാരാണ് കാരണം ഞാൻ വ്യക്തമല്ല വ്യക്തമല്ലാത്ത എന്നെ ഒരിക്കലും വ്യക്തിയായി അതായത് അതുകൊണ്ട് കൃഷ്ണൻ സംഭവിച്ചത് പുരാതന കാലത്തിൽ യശോദയുടെ പുത്രനായിട്ടാണ് എങ്കിലും അദ്ദേഹം ഭാവിയുടേതാണ് എന്ന് പറയാം അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് ഇനിയും നാം സംസ്കാര സമ്പന്നരാകേണ്ടിയിരിക്കുന്നു കൃഷ്ണൻ എന്നത് ആരാണ് എന്നറിയാൻ അത് വസുദേവനന്ദനായി അറിഞ്ഞാൽ കുഴപ്പമാണ് ഭഗവാൻ തന്നെ അവിടെ പറയുന്നത് ഭഗവാന്റെ അദ്വിതീയത കുടികൊള്ളുന്നത് ഈ ശ്ലോകത്തിലാണ് തന്നെ അറിയേണ്ടതെങ്ങനെ എന്ന് വ്യാസര് വ്യാസരിലൂടെ ഭഗവാൻ പറയുകയാണ് ഞാൻ ആരും എന്ന് അപ്പൊ ഭഗവാനെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മെ അറിയേണ്ടതും അങ്ങനെ തന്നെയാണ് അതാ മനസ്സിലാക്കേണ്ടത് ഞാൻ വ്യക്തി എന്ന് അറിയുമ്പം ഞാൻ പരിമിതനാണ് അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് നിങ്ങൾ ജീവനാണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഈ വിശ്വത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു അവരുടെ ദ്വൈതമുണ്ട് എന്ന് പറയുന്നു നിങ്ങളൊരു ശരീരമാണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു നിങ്ങൾ ജീവനാണെന്ന് വിചാരിക്കുമ്പോഴോ ആ നിത്യാഗ്നിയുടെ ഒരു പുലിംഗമാണ് നിങ്ങൾ ആത്മാവാണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ സർവസ്വമാണ് ഇതാണ് സ്വാമിജി പറയുന്നത് അപ്പൊ ഭഗവാൻ പറയുന്നത് ഇതാണ് നമ്മളൊക്കെ വ്യക്തികൾ എന്ന് നാം എണ്ണുന്നുവെങ്കിൽ നമ്മളെ നമുക്കറിയില്ല അതുപോലെ തന്നെ ഭഗവാനെ നാം അറിയുന്നില്ല അപ്പൊ സ്വാമി നമ്മൾ വ്യക്തിയല്ല അല്ല എന്ന് പറയുക എങ്ങനെയാണ് നമ്മൾ വ്യക്തിയാവുന്നത് നമുക്കിതൊന്നുമില്ലാതെ ഒരു നിലനിൽപ്പുണ്ടല്ലോ ആ നിലനിൽപ്പ് ആരാണ് ഉറക്കത്തിൽ ഞാൻ ആരാ ഉറക്കത്തിൽ ഞാൻ ആരാ ഞാൻ പുരുഷനാണോ ഞാൻ സ്ത്രീയാണോ കുട്ടിയാണോ അമ്മയാണോ അച്ഛനാണോ ജോലിക്കാരനാണോ ജോലിക്കാരി ഇല്ലാത്ത ആളാണോ ഒന്നുമല്ലല്ലോ നിദ്രയിൽ ഓരോ ദിവസവും നമുക്കിങ്ങനെയൊരു നിലനിൽപ്പില്ലേ ആ നിലനിൽപ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ആനന്ദമായിട്ടുള്ളൊരു നിലനിൽപ്പ് ഭഗവാൻ ഇവിടെ പറയുന്നത് അജാനന്ദ അബുദ്ധയ അവ്യക്തം മാം വ്യക്തിം ആപന്നം മന്യന്തേ അവരെന്നെ അങ്ങനെ കരുതുന്നു അതൊക്കെ നമ്മുടെ മനസ്സിന്റെ മനസ്സിലാണ് നാം ഇതെല്ലാം ഞാൻ ഇന്നതാണ് അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ കരുതുന്നത് പല രോഗങ്ങളും ഉണ്ടല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ പലർക്കും എന്താ ഞാൻ ഭൂതമുണ്ട് പ്രേതമുണ്ട് ഇങ്ങനെ ഒരാൾക്ക് കിടന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഉടനെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് തന്നെ കട്ടിലെടുത്ത് പൊക്കിയിട്ട് കറക്കുന്നതായിട്ട് എന്താ പറയുക തോന്നുന്നു രാത്രി എല്ലാം ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിൻ്റെ അടിയിൽ ഭൂതങ്ങൾ വരും എന്നിട്ട് ഈ കട്ടിലിങ്ങോട്ട് പൊക്കിയിട്ട് ഫാന് കറക്കുന്നത് പോലെ കറക്കും പക്ഷെ കഷ്ടാവുന്ന ആലോചിച്ചു നോക്കണോ അല്ലേ ഉടനെ ഇതാണ് സംഭവിക്കുക പിന്നെ വേഗം ലൈറ്റിടുമ്പോഴേക്കും ഭൂതങ്ങൾ എന്ത് ഇതവിടെ വെച്ച് പോയിക്കളയും എന്നാൽ ലൈറ്റിട്ട് ഉറങ്ങാൻ വിചാരിച്ചാലോ ആ ഉറക്കിട്ട് വരുന്നുമില്ല പല മനഃശാസ്ത്രകാരന്മാരുടെ അടുത്തും പോയി പല ഡോക്ടർമാരും പലതും പറഞ്ഞു നോക്കി ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാം അദ്ദേഹത്തിന് ഉറക്കമില്ല ചുരുക്കി പറഞ്ഞ ഒരു ദിവസം ഇദ്ദേഹം നല്ല ഉറക്കമൊക്കെ ആയി നല്ല ഉന്മേഷവാനായിട്ട് ആള് കാണപ്പെട്ടു അപ്പൊ ഡോക് ഒരു ഡോക്ടർ ചോദിച്ചല്ല ആള് നല്ല ഉഷാറായിട്ടിരിക്കണല്ലോ എന്തു പറ്റി ഉറക്കം ആ ഇന്നലെ ഞാൻ നന്നായി ഉറങ്ങി ഏത് ഏത് മെഡിസിൻ എടുത്തു ആരാണ് എടുത്താൽ പോയത് എന്റെ ഒരു അവൻ അവൻ സംഗതി ശരിയാക്കി തന്നു നിങ്ങളുടെ മരുമകൻ ഡോക്ടറാണോ ഏ അവൻ ഡോക്ടറൊന്നുമില്ല പിന്നെ അവൻ ജോലി അവൻ ആശാരിയാണ് ആശാരി ആശാരി ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നം തീർത്തു എന്റെ കട്ടലിന്റെ നാല് കാലും മുറിച്ചു എന്നിട്ട് കാലില്ലാത്ത കട്ടലിൽ അമ്മാവൻ കിടന്നോളാം പറഞ്ഞു കാലുള്ളതുകൊണ്ടാണല്ലോ ഇവര് അടിയിൽ ഇനിയിപ്പൊ അവർക്ക് അടിയിൽ പോവാൻ പറ്റില്ല ഞാൻ നന്നായിട്ട് ഉറങ്ങണം ഇപ്പൊ ഞാൻ സുഖമായി ഉറങ്ങണു എന്ന് പറയുന്നു ഇപ്പൊ എനിക്കൊരു പ്രശ്നമില്ല ഇനി പല തോന്നലുണ്ട് ഇതൊക്കെ അജാനത അബുദ്ധയഹ അബുദ്ധിമാന്മാർക്ക് പലതും തോന്നും അവരുടെ മനസ്സങ്ങനെ പല പല പല കളികളിൽ അങ്ങനെ പെട്ടിരിക്കുന്നു ഭഗവാൻ പറയുന്നു ആരാണ് ഞാൻ എങ്ങനെയാണ് എന്നെ അറിയേണ്ടത് എന്തുകൊണ്ട് മൂടന്മാരെന്നെ അറിയുന്നില്ല ഇത്യാദി കാര്യങ്ങളൊക്കെ പറയും നോക്കാം അഹം പ്രകാശ യോഗമായ സമാവൃത മൂട അയം ന അഭിജാനാദി ലോക മാം അജം അവ്യയം യോഗമാ യോഗമായ സമാവൃത യോഗമായയാൽ ഭഗവാന്റെ തന്നെ മായയാൽ ആവൃതമായിരിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന അഹം ഞാൻ സർവസ്യ സർവസ്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ന പ്രകാശ കാണാൻ പറ്റുന്നവനല്ല അപ്പൊ എന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ യോഗമായയാൽ മറഞ്ഞിരിക്കുന്നു മായയാൽ മറഞ്ഞിരിക്കുന്നു മായ എന്ന് നാമം രൂപം അത്രയുള്ളൂ മായ അത് നീങ്ങിയാൽ ഭഗവാനായി അയം മൂടഹ ഈ മൂടതയെ മൂടമായ ലോകം അയം മൂടഹ ലോകം ഈ മൂടമായിട്ടുള്ള ജനം അജം അവ്യയം മാം ന അഭിജാനാദി അവരെന്നെ എങ്ങനെ അറിയുന്നില്ല എന്നാണെങ്കിൽ അയം ഞാൻ അജം ജനിക്കാത്തവനാണ് അവ്യയം നാശരഹിതനാണ് എന്ന് മാം ന അഭിജാനാതി അറിയുന്നില്ല അവരെന്നെ അറിയുന്നു ഞാനിതാ അഷ്ടമി നാളിൽ ജനിച്ചവനാണ് അങ്ങനെ അവരെൻ്റെ ജയന്തി ആഘോഷിക്കുന്നു ആഘോഷിച്ചോളൂ ആഘോഷിക്കുന്ന സമയത്ത് ഒന്നാമത്തെ മന്ത്രം ചൊല്ലിക്കൊള്ളണം ഓം അജായ നമ ജനിക്കാത്ത ഭഗവാൻ നമസ്കാരം അവര് മൂടന്മാരാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുതേ അയ്യോ ഭഗവാ സ്വാമിജി എന്തോ അതായത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇപ്പൊ ഞങ്ങൾ പോകുന്നുണ്ടല്ലോ അമ്പലത്തിലോ കൃഷ്ണക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവിടെ അത് ഗുരുവായൂർ പോകുന്നു അങ്ങനെ ചെയ്യുന്നു അങ്ങനെ എല്ലാം ചെയ്തോളൂ പക്ഷെ അറിഞ്ഞേക്ക ഭഗവാൻ ജനിച്ചിട്ടില്ല അത് കഷ്ടല്ലേ സ്വാമി അതെ ജനിച്ചവനൊക്കെ മരണം ഉണ്ടാവും ജനിച്ചു നിങ്ങൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭഗവാൻ ഒരിക്കലും മരിക്കേണ്ടി വരും അത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ആവാം എന്ന് പറയാം അപ്പം ജനിച്ചവന് മരണമുണ്ടാവും അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ജാതസ്യ ഹി ധ്രുവോ ജന്മ മൃതസ്യ തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതം അർഹസി അതുകൊണ്ട് മോനെ നീ ഈ വിഷയത്തിൽ ദുഃഖിക്കേണ്ട അതുകൊണ്ട് എന്താ നല്ലത് എന്തുകൊണ്ട് മൂടൻ എന്നാണെങ്കിൽ ഇതാ ജനിമൃതികളിൽ ശ്രദ്ധ വയ്ക്കുന്നവൻ മൂടനാണ് ഭഗവാൻ പറയുന്നു എന്റെ പരംഭാവം അത് അവരറിയുന്നില്ല ഞാൻ ആരാണ് അജം അവ്യയം ഞാൻ ജനിച്ചിട്ടുമില്ല ഞാൻ അതുകൊണ്ട് എനിക്ക് മരണമില്ല അതുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നു ത്വം ശുദ്ധ ബോതോസി നിരാ ലക്ഷ്മണൻ രാമനെ സമീപിച്ച് പറയുന്നത് തന്നെ അങ്ങനെയാ ത്വം ശുദ്ധ ബോതോസി നിരാകൃതി സ്വയം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ രാമനെ അഭിസംബോധന ചെയ്യുന്നത് എന്തിന് ഗോപികൾ പോലും ഭഗവാനെ പറയുന്ന ഗോപിയാഗീതത്തിൽ എന്താ പറയണത് അഖിലദേഹിനാം അന്തരാത്മതൃ എന്നൊരു വാക്കുണ്ട് അഖിലദേഹിനാം അന്തരാത്മതൃക്ക് അങ്ങ് അഖിലദേഹികളുടെയും അന്തരാത്മാവാണ് ദൃക്കാണ് അങ്ങ് ബാക്കിയെല്ലാം ദൃശ്യമാണ് ഭഗവാൻ ആരാണ് തന്നെ വലം മാനുഷീ ഭാവം മാനുഷമായ ഭാവത്തെ സ്വീകരിച്ചവനാണ് എന്നറിയുന്നത് അവർ മൂടന്മാരാണ് എന്ന് പറയും ഇപ്പൊ ഇവിടെ ഈ ഒരു പ്രസ്താവന ഗീതയിൽ ഭഗവാൻ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മുൻപ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിൽ നിന്ന് വിരുദ്ധമല്ലേ അല്ലെങ്കിൽ ഇതുമായിട്ട് എങ്ങനെയാണ് ഇത് ചേരുന്നത് ചിലപ്പം എന്താണ് സ്വാമി ഈശാവാസ്യം ഇതം സർവം എന്നിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ അപ്പൊ മാനുഷ ഭാവത്തിൽ ഈശ്വരനെ കാണുന്നത് തെറ്റാണോ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇതോരോന്നും മനസ്സിലാക്കാൻ അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ് ഏതോ ഒരാളാണ് എന്ന് കരുതരുതെന്നാണ് ഭഗവാൻ പറഞ്ഞത് മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ എന്നുള്ളതിനൊരു മാറ്റവും ഇല്ല അപ്പൊ ഇത് കഴിഞ്ഞു പോകുമ്പം സ്വാമിയുടെ ഒരാൾ ചോദിച്ചതാണ് അപ്പോഴാണ് സ്വാമിക്ക് തോന്നിയത് പറയേണ്ടത് കുറച്ച് ഇനിയും ലളിതമാക്കേണ്ടത് എന്ന് സംശയം നല്ലത് തന്നെ മാനുഷഭാവത്തോടുകൂടി ആരാണ് എന്നെ കാണുന്നത് അവൻ മൂടൻ എന്ന് പറയുമ്പം മനുഷ്യന്മാരൊന്നും ഈശ്വരനല്ല എന്നാണോ അല്ല ശ്രദ്ധിക്കുക പിന്നെയോ ഞാൻ എന്നത് ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിലൊന്നും പെടാതെ ഇതിൽ നിന്ന് അന്യമായി നിലകൊള്ളുന്ന ഒരു പുരുഷൻ ആ ഞാൻ ജനിച്ച് ഇല്ലാതെയായി എന്നറിയുന്നുവെങ്കിൽ അത് അറിവില്ലായ്മയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട അപ്പം മമ അവ്യയം ശ്രദ്ധിക്കുക മമ അവ്യയം അനുത്തമം പരം ഭാവം അജാനന്ദ എന്റെ ശുതിയില്ലാത്ത ഒരു പ്രകാരത്തിലും വ്യയമില്ലാത്ത നശിക്കാത്ത കുറയാത്ത പരംഭാവം പരംഭാവത്തെ അനുത്തമം ശ്രേഷ്ഠമായിട്ടുള്ള അതിനെ അജാനന്ദ അറിയാത്ത അബുദ്ധയഹ ബുദ്ധിഹീനന്മാർ അവ്യക്തം മാം വ്യക്തി ആപന്നം മന്യന് അവ്യക്തമായിട്ടുള്ള എന്നെ വ്യക്തിയായി ധരിക്കുന്നു ഇതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു വെച്ചത് അപ്പൊ ഭഗവത്ഗീതയിൽ ഭഗവാനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മെ സംബന്ധിച്ച് കൃഷ്ണൻ എന്നത് പുരാതന ഭൂതകാലത്തിൽ സംഭവിച്ചതാണെങ്കിൽ കൂടി അത് ഭാവിയുടേതും ഒപ്പം എന്നും ഉള്ളതും ആണ് എന്നാണ് ഭഗവാന് പറയാനുള്ളത് അപ്പൊ എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നു വസുദേവ നന്ദനായിട്ട് ഇത്രാം ജനിച്ചവനാണ് എന്ന് കരുതുന്നുവെങ്കിൽ ഞാൻ ആരെയാണ് എന്നെ മനസ്സിലാക്കുന്നത് മൂടത്തരമാണ് ഭഗവാന്റെ കാര്യത്തിൽ മാത്രമാണോ അല്ല നമ്മുടെ കാര്യത്തിലും നമ്മുടെ ജന്മവും ഇങ്ങനെ തന്നെയാണെന്ന് പറയാം ഞാൻ ഇന്നലകളിലൊക്കെ ഉണ്ടായിരുന്നു ഇനി നാളെയും ഉണ്ടാകും ഇന്നുമുണ്ട് എന്നുമുണ്ട് എന്തുകൊണ്ടാണ് ബുദ്ധിഹീനന്മാർ എന്നെ അറിയാതെ പോകുന്നത് ഭഗവാനെ അങ്ങേ അറിയാതിരിക്കാനുള്ള അങ്ങേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് എന്ത് ഹേതുവായി നേരത്തെ പറഞ്ഞ ആശയത്തെ ഒന്നുകൂടെ പറയാണ് കാരണം നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല എന്തുകൊണ്ടാണ് എങ്കിൽ യോഗമായ സമാവൃത യോഗമായ കൊണ്ട് ഭഗവാന്റെ തന്നെ മമമായ എന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്റെ മായ കൊണ്ട് തന്നെ അഹം സർവസ്വന പ്രകാശ ഞാൻ എല്ലാവർക്കും പ്രകാശകനല്ല എല്ലാവർക്കും എന്നെ ഞാൻ അനുഭവ വൈദ്യനല്ല എന്ന് പറയാം അയം മൂടഹ ലോകം അജം അവ്യയം മാം അഭിജാനത്തി അയം മൂടഹ ലോകം ഈ മൂടമായ ലോകം ജനങ്ങള് എന്നെ അജം അവ്യയം ഞാൻ ആരാണ് അജനാണ് ജനിക്കാത്തവനാണ് അതുപോലെ എനിക്ക് ച്യുതിയില്ലാത്തവനാണ് ഞാൻ ഒരിക്കലും ഇല്ലാതെയാകുക ഈ നമ്മൾ ആലോചിക്കുന്നത് അതായത് നിങ്ങൾ എത്രത്തോളം സ്വാമി എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മുടെ മതത്തിൻ്റെ ഹിന്ദു മതത്തിൻ്റെ ഒരു വക്താവായിട്ട് പറയല്ല ഗീതാശാസ്ത്രം അതിൻ്റെ അതിനെ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പം ഇന്ന് നാം എത്രയോ വളർന്ന് വലുതായി എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഇന്ന് ലോകത്തിലെ മറ്റ് മതങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഹിന്ദുമതത്തിലുണ്ട് ഇതുപോലെ ഓരോ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഒരു സന്ദർഭത്തില് ഈ കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രം സ്വാമി പറയുന്നു ഈ സന്ദർഭത്തിലെ അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് അയം മൂടഹ ലോകം അജഹ അവ്യയം മാംന അഭിജാനാതി ഞാൻ ജനിച്ചിട്ട് തന്നെ ഞാൻ അവ്യയനാണ് എന്നെ ഏതെങ്കിലും ഒരുത്തൻ ഒരു പത്രത്തിൽ ഒരു കാർട്ടൂൺ കൊണ്ടുവന്നാലോ അത്തരത്തിൽ എൻ്റെ മഹാത്മ്യത്തെ എൻ്റെ വൈഭവത്തെ ഇവിടെ ഒരുത്തനും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം അങ്ങനെ ഞാൻ വിരാജിച്ച് വിജയിക്കുന്നു ഈ വിശ്വത്തിൽ ഇതാണ് ഈശ്വരൻ അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുക്കുകയായി കൊടിയെടുക്കുകയായി ഈ റോഡ് ബ്ലോക്കാക്കുകയായി എന്തിനത് ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും നാളെ പലതരത്തിലുള്ള വിമർശനങ്ങളും കേട്ടേക്കാം നമ്മുടെ ഇതിൽ തന്നെ ആളുകൾ ഒരിക്കലും നമ്മുടെ ഒരു പങ്ക് അതിലുണ്ടാവരുത് നിശബ്ദനായിട്ട് വീട്ടിലിരിക്കാൻ പഠിക്കണം കാരണം ഞാനറിയുന്ന ഈശ്വരൻ അത് ഇസ്ലാമിനൊരു ഈശ്വരനും ക്രിസ്ത്യാനിക്കൊരു ഈശ്വരനും ഹിന്ദുവിനൊരു ഈശ്വരനുമല്ല അങ്ങനെയല്ല ഇവിടെ മതം പറഞ്ഞു വരുന്നത് വളരെ ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ലോകം അങ്ങേയറ്റം സങ്കീർണമാർന്നതാണ് അവിടെയാണ് ഭഗവത്ഗീതയുടെ അനുഗ്രഹം എന്ന് പറയുക അനുഗ്രഹ വർഷമാണിത് നാളെ പലതും വിമർശിക്കപ്പെട്ടേക്കാം പലരും പലതും നിങ്ങൾ അങ്ങേയറ്റം വിശ്വസിച്ച് ആരാധിക്കുന്ന ഗുരുവായൂരപ്പനെ നാളെ കോടതിയിൽ കയറ്റാം കൃഷ്ണനെയും രാമനെയും ഒക്കെ നമുക്ക് കോടതിയിൽ കയറ്റി വിസ്തരിക്കാം എന്ന് പറയാം അതിനെയൊക്കെ അപ്പുറത്ത് നിലകൊള്ളുന്നു ഭഗവാൻ തന്നെ പറയുന്നു ഞാനാരാണ് അജം അവ്യയം എന്നെ അറിയുന്നില്ല മൂടന്മാർ അഭിജാനാതി എന്നെ അറിയുന്നില്ല എന്ന് പറയാം വളരെ രസകരമായിട്ടുള്ള ആലോചനാമൃതമായിട്ടുള്ളൊരു തമാശയുണ്ട് ശൂന്യാകാശത്തില് അതായത് നമ്മുടെ സ്പേസില് ശാസ്ത്രകാരൻ ഗവേഷണം നടത്തുക പലതിനെക്കുറിച്ച് ഭൂമിയില് എല്ലാം അവര് അന്വേഷിച്ചു അങ്ങനെ അവരുടെ അന്വേഷണം ഭൂഗോളത്തിന് അപ്പൂർവത്തേക്കുള്ള ചില ഗോളങ്ങളിലേക്ക് അവരന്വേഷണത്തെ വ്യാപരിപ്പിച്ചു ചന്ദ്രനിലും മറ്റും പോയതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണല്ലോ അങ്ങനെ ചന്ദ്രനിലൊക്കെ പോയി വന്ന ഒരു ശാസ്ത്രകാരനോട് ഒരു ഈശ്വര വിശ്വാസി ഭക്തൻ ചെന്നിട്ട് ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടോ അവിടെ എവിടെയെങ്കിലും എന്ന് അപ്പൊ ഈ വിശ്വാസി ചോദിച്ചപ്പം സയന്റിസ്റ്റ് പറഞ്ഞു നങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളില്ല അപ്പൊ ഈ വിശ്വാസി പറഞ്ഞു അതെ എനിക്കും അറിയാത്ത പക്ഷെ ആരോടും പറയരുതങ് അദ്ദേഹം വലിയ പ്രഭാഷകനാണെന്ന് പറയുക ഇതിൻ്റെ ഒരു നേതാവാണ് അതുകൊണ്ട് അങ്ങ് ആരോടും അത് പറയരുത് എന്ന് പറയാം അതേപോലെ നിരീശ്വരവാദി ശാസ്ത്രകാരനെ സമീപിച്ചിട്ട് ചോദിച്ചു ഈശ്വരനെ കണ്ടോ അത് എവിടെയെങ്കിലും പറഞ്ഞു ഞാൻ കണ്ടു ഞങ്ങൾക്കറിയാം പക്ഷെ പറയരുത് എന്ന് പറയാം രണ്ടു പേര് നിൽക്കുന്നത് പടയാ വലിയ മാറ്റമൊന്നുമില്ല അറിയാം എന്ന് പറയുന്നവൻ അറിയില്ല എന്ന് പറയുന്നവനും ചെറിയ നിസ്സാരങ്ങളായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കിട്ടിയാൽ മതി ആളുകൾ കൊടിയെടുക്കായി സെക്രട്ടേറിയറ്റ് ധർണയായി ബസ് അടിച്ചു പൊളിക്കലായി മതം എന്ന് പറഞ്ഞാൽ ഇതാ അല്ലാതെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വിമർശിക്കാനും അതിനും ഇതുമൊക്കെ ഈ ഇവിടെ ആരെങ്കിലും ഒന്നും ആരെ വിമർശനത്തിന് അതീതരായിട്ടുള്ളവർ ഈ വിശ്വത്തിൽ ആരുമില്ല ഇവരുടെയൊക്കെ നോക്കൂ ക്രിസ്തു അങ്ങേയറ്റത്തെ വിമർശ വിമർശനത്തിന് പാത്രിഭൂതമായിട്ടുള്ളൊരു മഹാപുരുഷനായിരുന്നു അദ്ദേഹം ഞാനാണ് വഴി എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം അഹങ്കാരിയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് അദ്ദേഹം പറയുന്നതിനൊക്കെ അദ്ദേഹത്തിന് നിരന്തര വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുഹമ്മദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത് അവർ നേരിട്ടിട്ടുണ്ട് എന്ന് പറയാ അപ്പൊ സ്വാമി പറയുന്നത് ഒരു ഹിന്ദു സനാതനധർമ്മ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അതിലുണ്ട് കുറെ പ്രശ്നങ്ങൾ അപ്പൊ ഇത് നമുക്ക് ൻ അല്ലെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാര് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം അതിനുവേണ്ടി പറയാം അപ്പൊ മൂടന്മാർ എന്നെ അറിയുന്നില്ല ഈ ഭഗവാന്റെ പേരിൽ പ്രക്ഷോഭം നടത്തുന്നത് മുഴുവൻ മൂടന്മാരാണ് ഓർത്തുകൊള്ളുക ഭഗവാനെ നിങ്ങളിവിടെ ഗരാവ് നടത്തിയിട്ടും ജാത നടത്തിയിട്ടും സംരക്ഷിക്കേണ്ട ഇതൊക്കെ തിരിച്ചറിയുക താൽക്കാലികമാണെന്ന് പക്ഷെ നമ്മൾ ഉറപ്പുള്ള ഒരു നമ്മുടെ ഒരു ഫൗണ്ടേഷൻ അത് നല്ല ഉറപ്പുറ്റതായിരിക്കട്ടെ എന്ന് പറയാം അത് ഇത്തരം ശ്ലോകങ്ങൾ നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നതാണ് നമ്മുടെ ശ്രദ്ധ ഇതിലായിരിക്കട്ടെ തുടർന്ന് വേദാഖം സമതീതാനി വർത്തമാന ഭവിഷ്യണി ചൂതാനി േദന കസ്റ്റന വേദാഹം സമതീതാനി വർത്തമാനി ച അർജുന ഭവിഷ്യണി ചൂതാനി മാം തുേദ കശ്ചന അർജുന അല്ലയോ അർജുന സമതീതാനി സമതീതാനി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ളതും അതുപോലെ വർത്തമാനാനി ഇപ്പോഴുള്ളതും ഭവിഷ്യണി വരാനിരിക്കുന്നത് കഴിഞ്ഞത് ഇപ്പോഴുള്ളത് വരാനിരിക്കുന്നത് അഹം വേദ ഞാനറിയുന്നു ഞാൻ എന്തറിയുന്നു ഇന്നലകൾ എനിക്കറിയാം ഇന്നറിയാം നാളെ അറിയാം എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്നും ഉള്ളവനാണ് എന്നുള്ളവന് അവനെല്ലാം അറിയുന്നു എന്ന് പറയാം അപ്പൊ ഞാനെല്ലാം അറിയുന്നു ഭവിഷ്യാണി ഭൂതാനി അഹം വേദ മാം തുന്നെയാകട്ടെ ഈ അറിയുന്ന ഞാനുണ്ടല്ലോ സാക്ഷി എല്ലാം അറിയുന്നവൻ ഈ ഭഗവാൻ എങ്ങനെ നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്നാണെങ്കിൽ പറയാം കശ്ചന നവേത എന്നെ ആരും അറിയുന്നില്ല അപ്പൊ നമ്മുടെ ഒരു കാര്യം എടുക്കാം നമ്മുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പരാതി എന്താ എന്താ എന്നെ ആരും മനസ്സിലാക്കാത്തത് അല്ലെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഏക പരാതി അതാണ് ചേട്ടൻ എന്താ എന്നെ ഇനിയും മനസ്സിലാക്കാത്തത് നമ്മൾ തമ്മിൽ എത്ര വർഷമായി ഇല്ലേ നിങ്ങൾക്കറിയോ ഇന്നെന്താ പ്രത്യേകത ഇന്നെന്താ പ്രത്യേകത എന്നത്തെയും ദിവസം പോലെ ഇന്ന് നമുക്ക് പോണ്ടേ എവിടെയെങ്കിലും ഇന്നെന്താ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ പതിനഞ്ചാമത്തെ വർഷമാണ് ഓ ആ ദുരന്തം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പറയാ ഇന്ന് എവിടെയും പോവാത്ത എന്നെ ഞാൻ ഇതുവരെ പോവാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കൊണ്ടുപോകുമെന്ന് യും പറഞ്ഞു ഞാൻ നീ ഇതുവരെ പോവാത്തൊരു സ്ഥലമുണ്ട് അവിടെ പോവാം നീ ആദ്യ അടുക്കളയിൽ പോവാം നീ അവിടെ പോയിട്ടില്ല ഇന്ന് അവിടെ പോവാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്നറിയാം നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല അച്ഛൻ മനസ്സിലാക്കുന്നില്ല അമ്മ മനസ്സിലാക്കുന്നില്ല പലരും മനസ്സിലാക്കി അപ്പൊ എന്നെ ഞാൻ മനസ്സിലാക്കിയോ എന്നെ എനിക്കറിയുമോ എങ്ങനെയൊക്കെയാണ് ഞാൻ എന്നെ അറിയണത് എന്നെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഞാനുണ്ട് മറ്റുള്ളവർ അറിയണം അല്ലേ ഞാൻ എങ്ങനെയാണ് കേട്ടോ എന്ന് ഞാൻ മാത്രമേ അറിയുന്ന ഒരു ഞാനുണ്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ ആരാണ് ഞാൻ എന്നല്ലേ ഇനിയോ ഞാൻ അറിയാത്ത മറ്റുള്ളവർ എന്നെക്കുറിച്ച് അറിയുന്നതുണ്ട് ഇതിൽ നിന്നൊക്കെ അന്യനായൊരു ഞാനുണ്ട് അതിനെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇല്ല എന്ന് പറയാം അപ്പം സാക്ഷിയായി നിന്നുകൊണ്ട് എന്റെ ഇന്നലകളെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്റെ ഇന്ന് എന്താണെന്ന് ഞാൻ അറിയുന്നുണ്ട് നാളെയും അറിയും കാരണം നാളെ എന്ന് പറഞ്ഞ ഇല്ലാത്തതാണ് അപ്പൊ ഈ സാക്ഷിയെ ആരറിയുന്നു അപ്പൊ സാക്ഷിയെ ആരും അറിയുന്നില്ല എന്ന് പറയാം മാം തു കശ്ശന നവേദ അവനവന്റെ മഹത്വം അവനവൻ അറിയുന്നില്ല പുരാണത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ട് നാരദരെ സംബന്ധിക്കുന്ന നിങ്ങൾ ചിലപ്പോ കേട്ടുകയാണ് ഭക്തി ഗ്രന്ഥങ്ങളിലൊക്കെ പല ഗ്രന്ഥങ്ങളിലും അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട് അവനവന്റെ മഹത്വത്തെക്കുറിച്ച് അവനവനെ അറിയുന്നില്ല എന്നുള്ളത് നാരിതര് ബ്രഹ്മാവിനോട് പോയി ചോദിക്കുന്നതാ നാരിതര് ചോദിക്കുന്നത് വേറൊരു കാര്യമാണ് നാരിതര് ചോദിക്കും ഭഗവൻ ഈ സത്സംഗത്തിന്റെ മഹാത്മ്യം എന്താണ് അപ്പോ ബ്രഹ്മാവ് അതിന് നേരിട്ട് കൊടുക്കാതെ ബ്രഹ്മാവ് പറയും നരിതരെ ഒരു കാര്യം ചെയ്യൂ ഈ സത്സംഗത്തിൻ്റെ മഹത്വമൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതൊരു ചെറിയ ചോദ്യമാണ് ഒരു ചെറിയൊരു സംശയമാണെന്ന് പറയാം അത് നിവർത്തിക്കാൻ ഇവിടെ വേറെയും കുറെ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവരോടൊക്കെ പോയി ചോദിക്കാം ആരോടാ പോയി ചോദിക്കേണ്ട അത് ചെറിയ എന്താ ഒരു പുഴു പറഞ്ഞു തരും എന്ന് പറയാം എവിടെയാ പുഴു ഇരിക്കുന്നത് ഏതോ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കും ഇന്ന സ്ഥലത്തേക്ക് പോയാൽ ഇന്ന ദിക്കിലേക്ക് പോയാൽ മതി ഇന്നിടത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന് സമീപം ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിലൊരു പൊത്തുണ്ട് ആ പൊത്തിലൊരു പുഴുവുണ്ട് അതിനോട് പോയി ചോദിക്കുമെന്ന് പറയാം അങ്ങനെ നാരദർ അവിടെ പോവും പുഴുവിനോട് ചോദിക്കും ചോദിച്ചു ഉടനെ പുഴു മരിച്ചു വീഴുന്ന നാരദർ നിരാശനായി തിരിച്ചു വരും ബ്രഹ്മാവിനോട് പറയും ബ്രഹ്മാവ് വീണ്ടും വേറൊരിടത്തേക്ക് പറഞ്ഞുവിടും അല്ലേ അവിടെ ഒരു പശു ഉണ്ട് പശുക്കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞു വരുന്നു പറയും അവിടെ പോകുമ്പോഴും ഇത് തന്നെ അനുഭവം പശു പ്രസവിച്ച ഉടനെ ആ കുട്ടി ഇങ്ങനെ പശു കൊടുക്കാണ് അതിനെ അപ്പോഴേ ആ പോയിട്ട് പോയി ചോദിച്ചത് പശു പശുക്കുട്ടിയെ എന്താ സത്സംഗത്തിൻ്റെ മഹാത്മ്യം അത് കേട്ട ഉടനെ തന്നെ പശുക്കുട്ടി ഈ നാരദരെ ഒന്ന് നോക്കി അതിൻ്റെ നാവൊക്കെ ഒരു ഭാഗത്തേക്കായി അത് വായൽ കൂടെ പതയൊക്കെ വന്ന് അത് ചത്തു വീഴുന്ന ഒരു ഗോഹത്യാ പാവം കൂടെ വന്നു നാരദരെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണത്ര ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് വന്നത് ബ്രഹ്മാവ് വീണ്ടും പറഞ്ഞു വിടും രാജധാനിയിലേക്കാണ് വിടുന്നത് രാജാവിന് ഒരു രാജ്ഞി കിത ഒരു കുട്ടി ജനിക്ക് ജനിക്കുന്നുണ്ട് ആ കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞു വരുന്നു അവിടെ ചെന്നു എന്നാണ് പറയുന്നത് അവിടെ ചെന്ന് അദ്ദേഹത്തിന് യോഗ മാർഗത്തിലൂടെയാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത് ആരായണമെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ ടി വിയിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറയുക അങ്ങനെ അവിടെ ചെന്നു നോക്കുമ്പോൾ പഴയ അനുഭവമൊക്കെ ഈ ഇപ്പം രണ്ട് പാപം ഓൾറെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും മൂന്നാമത് ആവാം എന്നുള്ള മട്ടിൽ തൊട്ടിലേക്ക് നോക്കി എന്നാൽ അപ്പോൾ കുട്ടി ഇങ്ങനെ ചിരിച്ചു എന്നാണ് നാരിതരെ കണ്ട് പരിചയം നല്ല പരിചയം ഉള്ളതുപോലെ പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു എന്നാ നാരിതർ ചോദിച്ചപ്പോൾ കുട്ടി നാരിതർക്ക് ഉത്തരം കൊടുത്തു എന്നാൽ അല്ലയോ ഋഷേ ഞാൻ എന്താ അപ്പോൾ അങ്ങയോട് കാരണം എനിക്ക് എൻ്റെ ഇന്നലകൾ ഞാനൊരു പുഴുവായിരുന്നു അവിടെ അന്ന് അങ്ങ് വന്ന് എനിക്ക് ദർശനം തന്ന് എനിക്കൊരു പ്രമോഷൻ കിട്ടി പശുവായി പശുക്കുട്ടിയായി പശുക്കുട്ടിയായപ്പോഴും എനിക്ക് അങ്ങയുടെ ദർശനം അവിടുന്ന് കിട്ടി ഇതാ ഇപ്പം രാജാക്കുട്ടിയായിരിക്കുക അപ്പൊ ഇവിടുന്ന് അങ്ങയുടെ ദർശനം തന്നിട്ട് അങ്ങനെ പരമമായ സത്യത്തിലേക്ക് എനിക്കിനിയൊന്നും വേണ്ട അങ്ങയുടെ ദർശനം മാത്രം മതി എന്നൊക്കെ പറഞ്ഞു എന്നാണ് കഥ അപ്പൊ ബ്രഹ്മാവ് തന്റെ തന്നെ മഹത്വത്തെ നാരകർക്ക് വേറൊരു പ്രകാരത്തിൽ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്ന കാരണം തൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരുവൻ എങ്ങനെ എന്താ പരമമായ സത്യത്തിലേക്ക് ആ സത്യത്തെ അറിയാൻ സഹായകമാകുന്നു അപ്പൊ താനാരെന്ന് തനിക്കറിയില്ല എന്ന് അറിയാം അപ്പൊ നമ്മുടെ മഹത്വം എന്നെ അഹം മാം തുശ്ചന ന വേദ എന്ന് ഭഗവാൻ പറയുമ്പം നമ്മിലെ ഭഗവാനെ ആ ബോധസ്വരൂപനെ അറിയാൻ നാം ശ്രമം നടത്തുന്നില്ല അതിൻ്റെ സാന്നിധ്യത്തിൽ നാം വിശ്വത്തിലെ ഓരോന്നിനെയും അറിയുന്നു ഇതറിയുന്നവനെ അറിയാൻ ദൃക്കിനെ അറിയാൻ നാം ഇപ്പൊ ദൃശ്യത്തെ മുഴുവൻ അറിയുന്നു ദൃക്കിനെ അറിയുന്നില്ല എന്ന് പറയാം അപ്പൊ മഹത്വം അവനവൻ അറിയേണ്ടതുണ്ട് തുടർന്ന് ഇച്ഛാദ്വേഷേന ദ്വന്ദ് ഭാരത സർവഭൂതോഹം സർഗേ യാന്തിരന്തപ ഹേ പരന്ത ഹേ ഭാരത അല്ലയോ ഭരതവംശത്തിൽ ജനിച്ച അർജുന അതുപോലെ പരം തപ മറ്റുള്ളതിനെ മുഴുവൻ തപിപ്പിക്കാൻ പോന്ന അർജുന സർഗേ സർഗേ എന്ന് പറഞ്ഞാല് ഈ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ദേഹത്തോടുകൂടിയിരിക്കുന്ന ഈ വേളയിൽ ഇച്ഛാദ്വേഷ സമുദ്ധേന ഗീതയിൽ സർഗം എന്ന് പറയുമ്പോൾ സൃഷ്ടി എന്നൊരു അർത്ഥമുണ്ട് ഇവിടെ ശരീരത്തോടുകൂടിയിരിക്കെ അതുകൊണ്ട് അടുത്ത എന്താ പറയുക ശ്ലോകത്തിലെ അടുത്ത ശബ്ദങ്ങൾ അതിൻ്റെ അർത്ഥത്തെ പൂർത്തീകരിക്കുന്നതാണ് എന്താ പറയുന്നത് ഇച്ഛാദ്വേഷ സമുത്തേന ഇവിടെ രാഗദ്വേഷങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ദ്വന്ദ്മോഹേന സുഖദുഃഖങ്ങൾ എന്തൊക്കെ സുഖം ദുഃഖം ലാഭം നഷ്ടം ഇത്യാദി വിപരീത ഭാവങ്ങളുണ്ടല്ലോ അതെല്ലാം തന്നെ സർവഭൂതാനി എല്ലാ ജീവികളിലും സമ്മോഹം യാാന്തി ആ മൂടതയെ പ്രാപിക്കാൻ സഹായിക്കുന്നു അവർ ആ മൂടതയെ മൂടതയിൽ പെട്ടുപോകുന്നു എന്ന് പറയാം അതേത് വലിയ ആളെയും ഇത്തരത്തിലുള്ള മൂടത പിടികൂടുന്ന ഒരു ജർമ്മൻ ചിത്രകാരൻ്റെ പേര് സ്വാമി ഉറക്കുന്നില്ല ഒരു ഉള്ളതായിട്ടൊരു കഥ പറയുന്നതാണ് വലിയ വലിയ ആളുകൾക്ക് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള മൂടതയെക്കുറിച്ച് പറയുന്നുണ്ട് പലർക്കും സംഭവിച്ചിട്ടുള്ളൂ അതിൽ ഒരു പ്രശസ്തനായ ജർമ്മൻ ചിത്രകാരൻ വളരെ ഗംഭീരനാണ് ആൾ അദ്ദേഹം അദ്ദേഹത്തിനൊരു വളർത്തു നായയുണ്ട് ആ വളർത്തു നായയ്ക്ക് എന്തോ തൊണ്ടയ്ക്ക് എന്തോ അസുഖം വന്നു എന്തോ അസുഖം അതിന് എന്താ കുറയ്ക്കാനൊന്ന് അതിന് നായ കുറയ്ക്കാന്നാണല്ലോ പറയാം ചുമയ്ക്കുക എന്നല്ലല്ലോ കുറയ്ക്കാനൊന്നും വയ്യ അപ്പം അദ്ദേഹം ഇത് വലിയൊരു ആളല്ലേ വലിയ വീട്ടിലാളുടെ നായക്ക് എന്തെങ്കിലും വന്നു വലിയ ആൾ തന്നെ ചികിത്സിക്കണ്ടേ അപ്പൊ അദ്ദേഹം നഗരത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഇ എൻ ടി എ ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് വരുത്തി എന്നാ ഇന്നാളാണ് വിളിക്കുന്നത് ഒന്ന് വീട്ടിലേക്ക് വരണം ഇന്നാൾക്ക് അസുഖമൊന്നും പറഞ്ഞില്ല എന്നിട്ട് അദ്ദേഹം നായയുടെ കാര്യം പറഞ്ഞു എന്നാ നായക്കിങ്ങനെ അപ്പൊ ഇദ്ദേഹത്തെ ഒരു അപമാനിച്ചതുപോലെയാണ് അതേസമയത്ത് അങ്ങനെയൊന്നും പറയാനും പറ്റില്ല ഇയാൾ അത്രയും വലിയ വിശ്വവിഖ്യാതനായിട്ടുള്ളൊരു ആൾ അദ്ദേഹം നോക്കി കാരണം നമ്മുടെ മരുന്ന് അവർക്ക് ചേരുമല്ലോ അദ്ദേഹം സംഗതിയൊക്കെ നോക്കിയിട്ട് മരുന്നൊക്കെ കൊടുത്തു എല്ലാം കൊടുത്തിട്ട് അദ്ദേഹത്തിനോടൊന്നും പറയാതെ ആ ഇതൊന്നും എന്താ പറയുക അദ്ദേഹത്തിന് വിഷമായി ഒന്നും അറിയിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിന ഇത്തേ ദിവസം ഇദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്തു ഡോക്ടർ ഞാൻ ഇന്നാളാണ് അപ്പോൾ വളരെയധായിട്ടാണ് അവർ പിരിഞ്ഞത് അങ്ങേക്ക് ഞാൻ ഓ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും ഇങ്ങനെയൊരു അവസരമാണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിരിഞ്ഞത് അപ്പം പരസ്പരം അവർ കാട് കൊടുത്തു അങ്ങനെ ഒരു പരിചയപ്പെട്ടലൊക്കെ ഉണ്ടായി പിറ്റേ ദിവസം ഡോക്ടർ ഇദ്ദേഹത്തെ വിളിച്ചു നരണം ഒന്നു ഇവിടെ എന്ന് അപ്പം ഇദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് എന്തോ നായ്ക്കെന്തോ സീരിയസ് ആയിട്ടുള്ള സംഭവം ഉണ്ടാവാം അതിൻ്റെയും കൂടെ ഒരു നിർദ്ദേശം ഡോക്ടർക്ക് പറയാനുണ്ടാവും എന്ന് കരുതിയിട്ട് ഈ ചിത്രകാരൻ ഡോക്ടറെ എടുത്ത് ചെന്ന് വന്ന അപ്പോൾ ഡോക്ടർ ഒരു എന്താ ഒരു ലിറ്റർ പെയിൻറ്റ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഈ ജനലിനൊന്ന് ഇതൊന്ന് ഞാൻ അങ്ങേ പോലെ ഒരാളെ കൊണ്ട് ഈ ജനലിനൊന്ന് പെയിൻ്റ് അടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും അപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിന് ബോധ്യായത് കാരണം താൻ ജനലിന് പെയിൻ്റ് അടിക്കുന്ന ആളല്ല ചിത്രകാരനാണ് ഇതൊരു സംഭവിച്ച കാര്യം പറയാം അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു ഇച്ഛാദ്വേഷ സമുത്തേന ദ്വന്ദ്മോഹേന സർവഭൂതാനി സമൂഹം യാന്തി അതാരെ പിടികൂടും എന്നൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ പിടികൂടിക്കളയും പിടികൂടി എന്ന് തനിക്ക് കൂടി എന്ന് അറിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഭാഗ്യമാണ് ഒരു ക്ഷമാപണം ഒക്കെ നടത്തി അന്ന് രക്ഷപ്പെട്ടാൽ നല്ലത് ഇച്ഛാദ്വേഷ സമത്തേന ദ്വന്ദ്വമോഹേന സർവഭൂതാനി സമൂഹം യാന്തി അത് ആരെ പിടികൂടും എന്നൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ പിടികൂടിക്കളയും പിടികൂടി എന്ന് തനിക്ക് കൂടിയെന്ന് അറിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഭാഗ്യമാണ് ഒരു ക്ഷമാപണമൊക്കെ നടത്തി അന്ന് രക്ഷപ്പെട്ടാൽ നല്ലത് അല്ലെങ്കിൽ അതിനെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കും അത് വലിയ ആൾക്ക് കൂടിയതുകൊണ്ട് വലുത് എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഇല്ല ഇപ്പൊ ഭഗവാൻ പറയുന്നു അങ്ങനെ സംഭവിക്കാം അതുകൊണ്ട് എന്തുവേണം അങ്ങേയറ്റം ശ്രദ്ധ വേണം എന്ന് പറയാം തുടർന്ന് പാപം ജന പുണ്േക്തം പാപം ജന പുണ്യ തേ ന്വമോഹ നിർമക്ത ഭജന് മാം ദൃഢവ്രത പറയു യേഷാം അന്തഗതം പാപം ജനാനാം പുണ്യകർമ്മ പുണ്യകർമ്മ യേഷാം ജനാനാം പുണ്യകർമ്മങ്ങളുടെ കർത്താക്കളായിട്ടുള്ള യേഷാം ജനാനാം ഏതേത് ജനങ്ങളുടെ പാപം അന്തഗതം എന്താണ് പാപം ഒടുങ്ങിയിരിക്കുന്നുവോ പാപം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ പാപം എന്നുള്ള ശബ്ദത്തെ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ മറ്റൊന്നായി ധരിക്കരുത് തന്നെ അതുപോലെ ചെയ്ത കർമ്മങ്ങൾ ഞാൻ ചെയ്തു എന്ന് അഹങ്കരിക്കുക ഇതാണ് പാപം വേറെ പാപമൊന്നുമില്ല പിന്നെ അതുകൊണ്ട് എന്താ നല്ല രസകരമായിട്ട് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കണം ഒരു ദേവാലയത്തിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എന്താണ് പാപം ചെയ്ത് മതിയായാല് ഇവിടേക്ക് സ്വാഗതം എന്ന് അവൻ ചെയ്ത് മതിയായവർക്ക് ഇവിടേക്ക് സ്വാഗതം അപ്പോ ഒരു രസികൻ അതിന്റെ അടിയിൽ എഴുതി വെച്ചു അഥവാ മതിയായിട്ടില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്നൂറ് എന്ന് എഴുതി വെച്ചു ഒരേ ബാക്കി അവിടേക്ക് എത്തിക്കൊള്ളുന്ന പാപം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ അതെല്ലാം തെറ്റിദ്ധാരണ എങ്ങനെയാണ് നീങ്ങുന്നത് അറിവുകൊണ്ട് അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് പുണ്യകർമ്മണം യേഷാം ജനാനാം പാപം അന്ധഗതം ഒരു കർമ്മം പുണ്യമാകുന്നത് എങ്ങനെ അതായത് കർമ്മത്തിൽ പൂർണ്ണമായ ശ്രദ്ധ ആവശ്യമാണ് എന്ന് പറയാ സ്നേഹത്തിൽ നിന്ന് ജാതമാണ് കർമ്മം ധ്യാനത്തിൽ നിന്നാണ് കർമ്മം ജനിക്കുന്നത് നമ്മൾ പറഞ്ഞുവല്ലോ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കേണ്ടത് ധ്യാനത്തിലൂടെയാണ് ഇപ്പൊ ധ്യാനത്തിലൂടെ ധ്യാനത്തിൽ ആവിർഭവിക്കുന്ന കർമ്മങ്ങളെല്ലാം തന്നെ പുണ്യകർമ്മങ്ങളാണ് ഇപ്പൊ കർമ്മം രൂപപ്പെടുന്നത് തന്നെ ധ്യാനാവസ്ഥിത മനസ്സിലാണ് അങ്ങനെ ധ്യാനാവസ്ഥിത മനസ്സിൽ രൂപപ്പെടുന്ന കർമ്മങ്ങളിൽ നമുക്ക് അങ്ങേയറ്റത്തെ ശ്രദ്ധയുണ്ടാവും അതുമായിട്ട് നാം ഇഴുകി ചേരും അതിൽ കൂടുതൽ കൂടുതൽ നമുക്ക് എന്തുണ്ടാവും ഉത്സാഹം ഉണ്ടാവും അപ്പോൾ ഉത്സാഹം താത്പര്യം ശ്രദ്ധ ഇത്യാദികൾ നമുക്ക് കർമ്മങ്ങളിൽ വരുന്നുവെങ്കിൽ അത് പുണ്യകർമ്മമാണ് അല്ലാതെ പുണ്യകർമ്മം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ദാനം കൊടുക്കലോ സക്കാത്ത് കൊടുക്കലോ വേറെ അമ്പലത്തിൽ ഇപ്പം സ്വാമി പറയട്ടെ നിങ്ങളുടെ മനസ്സിന് ഉറപ്പ് വന്നോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി പറയുകയാണ് ഒരച്ഛനും സ്ഥിരമായിട്ട് കാണുന്നതാണ് നമ്മൾ ഒരച്ഛനും മകനും വരും എന്നിട്ട് പറയും പഴണിക്ക് പോവുകയാണ് ഏഹ് ഒരു കാവ്യ മുണ്ടാക്കൊടുത്തിട്ട് വരും ഒരു പ്ലേറ്റ് ഉണ്ടാവും സ്റ്റീൽ പ്ലേറ്റ് എന്നിട്ട് അതിലൊരു വേലായുതന്റെ പടവും വയ്ക്കും കുറച്ച് ഭസ്മവും പഴനിക്ക് പോവുകയാണ് എന്ന് നിങ്ങൾ പഴണിക്ക് പോണേനെ ഞാനിപ്പോ എന്ത് വേണം എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ ഇല്ല ഇനി പഴണിയാണ്ടവൻ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കും നമ്മുടെ ഈ ആടിയ മനസ്സുണ്ടല്ലോ ഉറപ്പില്ലാത്ത മനസ്സ് ഇതിനെയാണ് നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പഴണിയാണ്ടവന്റെ ഇത് കാണുമ്പം നമ്മൾ ഈ ആയിരിക്കും പോട്ടെ നമ്മൾ എന്തിനൊക്കെ കാശ് കളയുന്നു അല്ല ഇതൊക്കെ നമ്മുടെ മനസ്സ് പുറമെ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതാണ് നമ്മൾ എന്തിനൊക്കെ കാശ് കളയുന്നു അതുകൊണ്ട് കൊടുക്കാമെന്ന് നമ്മൾ ഒന്നുള്ളിലേക്ക് പോയാൽ അറിയാം ഭയമാണ് ഭയം കൊണ്ട് കൊടുക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് ഭയം വന്നു എനിക്കറിയില്ല പഴണി ആണ്ടവൻ ആരാണെന്ന് നിങ്ങളെപ്പോ നിങ്ങൾക്ക് ഇതിൽ ഉറപ്പുവരുന്നുവോ അപ്പൊ നിങ്ങൾ പറയും ശരി ഹാപ്പി ജേണി കഴിഞ്ഞു എന്റെ കാര്യം ആണ്ടവനോട് പറഞ്ഞേക്കി ഒന്നുമില്ല ഒന്നുമില്ല അതെന്താ അങ്ങനെ അതിപ്പൊ അങ്ങനെയാണ് അതെ നിങ്ങൾ ചെയ്യാനുള്ളത് ശരിയായ വിധത്തില് നിങ്ങൾ ചെയ്യണം ഇപ്പൊ ഈ ആണ്ടവന് അല്ലാത്തവന് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണല്ലോ എന്നാൽ ശരിക്കേതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്ന് ഒരു നമ്മൾ അറിഞ്ഞ ഒരു കുട്ടിയെ ആ കുട്ടിക്ക് പുസ്തകം മേടിച്ചു കൊടുക്കുക ആ കുട്ടിക്ക് ബാഗ് മേടിച്ചു കൊടുക്കുക പഠിക്കാനുള്ളൊരു സൗകര്യം അല്ലെങ്കിൽ ഒരാളെ ഒരു ജോലിക്കുള്ള സൗകര്യം ഇനിയൊരു ഉപരിപഠനത്തിന് തന്നെ വേണമെങ്കിൽ പത്തു പേര് കൂടിയിട്ട് പറഞ്ഞയക്കുക നന്നാവട്ടെ നന്നായി വരട്ടെ ഇതല്ല അതൊക്കെ ചെയ്യാനോ ഒരു ഭയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചെയ്യേണ്ടതല്ലേ ആണ്ടിവേൽ മുരുകന്റെ കാര്യത്തിൽ വലിയ ഭയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഓർക്കൂ ആലോചിക്കൂ ധൈര്യം വന്നു എന്ന് ഈ നമ്മൾ ആർജിക്കേണ്ടത് അതുകൊണ്ട് ആളുകളെ ഒരുപാട് ചൂഷണം ചെയ്യുന്നു ക്ഷേത്രങ്ങളുടെ മുൻപിലൊക്കെ നിൽക്കുന്ന ഈ ഭിക്ഷക്കാരൊക്കെ ജീവിക്കുന്ന എന്തുകൊണ്ടാ നിങ്ങൾ ഈ കാ ഇവിടുന്ന് വിദേ വിദേശത്തേക്കല്ല ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും പോകുന്ന കാശിന്റെ കണക്ക് ഈ അടുത്തൊരു പത്രത്തിൽ വന്നിരുന്നു വായിച്ചു കഴിഞ്ഞു ഞെട്ടിപ്പോവും കോടികളാണ് വർഷം പോകുന്നത് ഒരു വലിയൊരു ബിസിനസ്സാണത് വലിയൊരു ശൃംഖല ഒരു നെറ്റ്വർക്ക് ഇതിലുണ്ട് ശബരിമല സീസണിലൊക്കെ ലോറിയിലാണ് അവർ വരുന്നത് ആദ്യം തന്നെ ഒരു ലോറിയിൽ വരും പിന്നെ അവസാനത്തെ ലോറിയിലാണ് ഇവർ ഇവരെ മുഴുവൻ മൊത്തം കൊണ്ടുപോകുന്നത് അപ്പൊ അവർക്ക് ദിവസക്കൂലിയാ ഒരു ദിവസക്കൂലി നിശ്ചയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കാലില്ല രണ്ടു കാലും രണ്ട് കൈയും ഇല്ലാത്തവന് കൂലി കൂടും അങ്ങനെ അവരുടെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടാണ് കണ്ടിട്ടില്ലേ കുട്ടികളെയൊക്കെ എന്താ ആസിഡ് വെച്ച് പൊള്ളിച്ചിട്ടും അതും ഇതുമൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് കുട്ടികൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകുന്നത് നിങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ധൈര്യമില്ലാത്ത കരുത്തില്ലാത്ത ഈ മനസ്സുണ്ടല്ലോ അതാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ വിചാരം നിങ്ങൾ വലിയ ഭക്തന്മാർ അയ്യോ എന്നെ ആർക്കും പറ്റിക്കുക സ്വാമി ഏതൊരു ഗുണമായിട്ട് എടുത്തിരിക്കുക ചില അമ്മമാര് എന്നെ ആർക്കും എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും നിങ്ങളെ എളുപ്പത്തില് പറ്റിക്കാൻ പറ്റും എന്നുള്ളത് അവര് മറ്റുള്ളവരോട് പറയുമ്പോ തന്നെ അവരുടെ വിചാരം എന്താണെന്ന് അറിയോ ഞാൻ വളരെ സാധുവാട്ടോ എനിക്കൊന്നും അറിയില്ല എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും അത് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ഗുണമേ അല്ല നിങ്ങളെ ഒരാൾക്കും പറ്റിക്കാം അതായത് നിങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങളറിയണം നിങ്ങളെടുത്ത ഒരാളൊരു സഹായത്തിന് ഒരു എഴുത്തുവായിട്ട് വരുമല്ലോ ചില സമയത്ത് നല്ല കൊടും വേനലായിരിക്കും ആന്ധ്രയിൽ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു വരിക നിങ്ങൾ പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം ആന്ധ്രയിൽ ഇപ്പം വെള്ളം തന്നെ കിട്ടാനില്ല ആ മാന്ന് പറയും തമിഴൊക്കെയാ പറയാ എന്നാലും നമ്മൾ വിശ്വസിക്കും അപ്പം ആരെയും എന്താ ഓർമ്മയിരിക്കട്ടെ ലാവോത്സുവിന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത നിർദ്ദേശം അരയാൽ വൃക്ഷം പോലെ ഒരാൾക്കും ചൂഷണം ചെയ്യാൻ പറ്റാതെ നിലനിൽക്കണം എന്ന് പറയാം നമ്മൾ ഒരാൾക്കും ചൂഷണത്തിന് നമ്മെ നാം കരുവായി കൂടാന്ന് പറയാം എന്നാൽ നമുക്ക് എല്ലാവരെയും സാധിക്കണം അതുകൊണ്ട് ഭക്തന്മാരുടെ കേസിൽ പ്രത്യേകിച്ചും നമ്മളൊക്കെ ഒന്ന് പെട്ടെന്നിളകിപ്പോ എന്തൊക്കെ സംഗതികളാണ് നമ്മുടെ അടുത്ത് വരുന്നത് എന്നറിയോ ഒരു ദിവസം കാണാം കസ്തൂരി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവരും ഇതൊക്കെ ചിലപ്പോ മേടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ ചെയ്യല്ലേ കയ്യിൽ വെച്ചിട്ട് മണപ്പിച്ചു വരും ഇപ്പുറത്ത് കൂടെ പിന്നെ കരടി നെയ് മുടി ഇത്ര ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിലൊരു സാരി പാത്രം അത് എല്ലാം ഇനി രസം എന്താണെന്നറി ഇതെല്ലാം കഴിഞ്ഞ് ഉപയോഗിക്കാൻ ധൈര്യവും എന്തൊരു മനസ്സാണ് മേടിക്കുന്ന സമയത്ത് ഇതുപോലെ എങ്ങോട്ട് കരടി ആവണം എന്നൊരാഗ്രഹം പോയിക്കഴിഞ്ഞാ ഭയം പിന്നെ ഇത് തൊടുവില്ല ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കാശ അങ്ങോട്ട് പോയി കിട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മനസ്സിന് ബലവില്ല ആള് ഭയങ്കരനാണ് ആകെ ബലമുള്ളത് അടികൂടാൻ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഭാര്യയായിട്ടോ ഒക്കെ അതിന് ഭയങ്കരമാണ് അതുകൊണ്ട് നമ്മൾ ഒരു ഒരു പ്രകാരത്തിലും ഇങ്ങനെയുള്ള ഈ എന്താ പറയുക ദ്വന്ദ് പെട്ട് സർവഭൂതാനി സമ്മോഹം യാാന്തി എല്ലാവരും ഈ മൂടതയെ പ്രാപിക്കുന്നു മൂടതയെ നമ്മൾ പ്രാപിക്കരുത് ഭഗവാൻ ഇങ്ങനെ മൂഢതയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പൊ നമുക്കെന്താ സ്ഥിതി ഒരു സ്ഥിതി രക്ഷയില്ല ആ പുണ്യകർമ്മണം യേശാം ജനാനാം പാപം അന്തഗതം പുണ്യജനങ്ങളുടെ പുണ്യ കർമ്മം ചെയ്തിട്ടുള്ള ഏതേത് ജനങ്ങളുടെ പാപത്തെ അന്തഗതം ഒടുങ്ങിയിരിക്കുന്നുവോ ഒടുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ട് അവരതിനെ ജയിച്ചിരിക്കുന്നു ടേതു അവരാകട്ടെ ദ്വന്ദ്മോഹ നിർമുക്താഹ അവർ ഈ സുഖം ദുഃഖം ലാഭം നഷ്ടം മാനം അപമാനം ഇത്യാദി ദ്വന്ദ്വങ്ങളെയെല്ലാം അതിജീവിച്ചവരാണ് അതിവർത്തിച്ചവരാണ് അവര് ദൃഢവ്രതാഹ ദൃഢവ്രതന്മാരായിട്ട് അവര് ഇളകില്ല എന്ന് പറയാം അവരെ നിങ്ങൾക്ക് ഇളക്കാൻ പറ്റില്ല ഒരു പ്രകാരത്തിലും ഓരോ ആണ്ടവന്റെ പിക്ചറും അവരുടെ മുമ്പിൽ കാരണം അവർക്കറിയാം ഈശ്വരൻ ആരെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ നിയാമകനായി ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു കാരണഭൂതമായി സ്വരൂപമായി വർത്തിക്കുന്ന ആ മഹാനുഭാവൻ ആ മഹാപുരുഷൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം പിന്നെ നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ പേരിൽ എന്ന് പറയുമ്പം അത് കുറച്ച് എന്താ നിങ്ങളുടെ മനസ്സിന് ബലമില്ലാതെ നിങ്ങൾ വേറെ ചെയ്യുന്നതാ വേറുള്ളവർക്ക് ചെയ്യാതെ മറ്റുള്ളതിനൊക്കെ എങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ദൃഢവ്രതാഹം ഭജന്തേ അവരാണ് എന്നെ ഭജിക്കുന്നത് സംശയാത്മാവിനശതിന് മുമ്പേ പറഞ്ഞു ഭഗവാൻ അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ നമുക്കുണ്ടായിരിക്കേണ്ട ഉറപ്പ് വളരെ വളരെ ഒരു ഉറപ്പായിരിക്കണം എന്ന് പറയാം ഒരു കരുത്ത് എല്ലാറ്റിലും തുടർന്നു जरामरण मोक्षाश्रिंधु कृत्न अध्यात्म कर्म चखिल ये ये आर कयानो യഹ ഒരാൾ യൗ രണ്ടുപേർ യേ രണ്ടിൽ കൂടുതൽ ആരൊക്കെയാണോ തേ എന്ന് കേട്ടിട്ടില്ലേ സഹ തൗ തേ സഹ എന്ന് പറഞ്ഞാൽ അവൻ തൗ എന്ന് പറഞ്ഞാൽ രണ്ട് തേ എന്ന് പറഞ്ഞാൽ അവർ അപ്പൊ എ ആരൊക്കെയാണോ ജരാമരണ മോക്ഷായ ജര മരണം മോക്ഷം ഇത്യാദികളില് മാം ആശ്രിത്യ എന്നെ ആശ്രയിച്ചിട്ട് പക്ഷെ ഇപ്പൊ നമ്മൾ ജരാമരണ ജരയിൽ നിന്നൊക്കെയുള്ള മോക്ഷത്തിനായിട്ട് ബ്യൂട്ടി പാർലർ ആശ്രിത്യ അല്ലേ അല്ലെങ്കിൽ ഡൈ ആശ്രിത്യ അത് ആശ്രിത്യ ഇത് ആശ്രിത്യ ഈ ഡൈ തന്നെ ഡൈക്കുള്ള ഒരു സാധനമാണ് അല്ലെ അതിന്റെ സമയമായി മാം ആശ്രിത്യ ഭഗവാൻ പറയുന്ന എന്നെ ആശ്രിത്യ എന്നെ ആശ്രയിച്ചിട്ട് യതന്തി യത്നിക്കുന്നുവോ പരിശ്രമിക്കുന്നുവോ തേ അവർ തദ് ബ്രഹ്മ ആ ബ്രഹ്മത്തെയും കൃഷ്ണം അധ്യാത്മം കൃഷ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഭഗവാൻ നേരത്തെ പറഞ്ഞു സമഗ്രമാം എന്ന് പൂർണ്ണമായ എന്നെ ഇവിടെ സമഗ്രമായി എന്നെ പൂർണ്ണമായ എന്നെ അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിനെ സംബന്ധിക്കുന്നത് ധ്യാത്മം എന്താണ് ആത്മാനം അധികൃത്യ വർത്തതേയത് തത് അധ്യാത്മം ആത്മാവിനെയും അധികരിച്ചു വർത്തിക്കുന്നതേതോ അതിനെയാണ് അധ്യാത്മം എന്ന് പറയുന്നത് അധ്യാത്മം അഖിലം കർമ്മച്ച വിദുഹു മാത്രമല്ല കർമ്മത്തിന്റെ പൂർണ്ണ ഭാവത്തെ സമഗ്രതയെ അവൻ വിദുഹു അറിയുന്നു അപ്പൊ ഭഗവാൻ ഇവിടെ ഒരു ശബ്ദത്തെ അർജുനെ അവതരിപ്പിച്ചു എന്താണെന്ന് പറഞ്ഞാൽ അധ്യാത്മം കർമ്മ സമഗ്രമായ കർമ്മം കർമ്മം ശബ്ദം വന്നിട്ടുള്ളതാണ് അധ്യാത്മം എന്ന് പറഞ്ഞിട്ട് അധ്യാത്മം എന്ന് കേട്ടിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ അങ്ങനെ തന്നെ വെച്ചോളൂ നോക്കാം നമുക്ക് തുടർന്നു സാധിഭൂതാധി ദൈവം പ്രയാണകാലേ മാം Om Gita Brahma Vidyayam Shri Krishna Arjuna Samvade യോഗശാസ്ത്രേ ശ്രീകൃഷ്ണർജുന സംവാ ജാനോ നമ സപ്തമോധ്യയ സാധിഭൂതൈവം മാം സാധിയജ്ഞം ചേ വിദു പ്രയാണകളെ അപ്പം തേ വിദു യുക്തചേതസരൊക്കെയാണോ സാധിഭൂതാതിദൈവം സാധിഭൂതാദിദൈവം എന്ന് പറഞ്ഞാൽ അതിഭൂതം അതിദൈവം വയോട് കൂടിയവനായി പുതിയ പുതിയ വാക്കുകളാണ് അതിഭൂതം അതിദൈവം അതിയജ്ഞം ച അതിയജ്ഞ സഹിതനായി മാം വിദുഹു എന്നെ അറിയുന്നത് യുക്തചേതസഹ സമാഹിത മനസ്കനായ യുക്തചേതസൻ എന്ന് പറഞ്ഞാൽ അന്ധകരണത്തെ ശുദ്ധമാക്കി മനസ്സിനെ നിയമനം ചെയ്ത് ചേർത്ത് വെച്ചിട്ടുള്ള അവൻ യുക്തചേതസൻ ഈ ശബ്ദം നേരത്തെ വന്നിട്ടുള്ളതാണ് മനസ്സിനെ എങ്ങനെയാണ് നിയമനം ചെയ്യേണ്ടത് ഇത്യാദി കാര്യത്തെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് തേ അവർ പ്രയാണകാലെ അപ്പി പ്രയാണകാലം എന്ന് പറഞ്ഞാൽ ഈ ശരീരം വിട്ട് പോകുന്ന സമയത്ത് മാം വിദുഹു അവരെന്നെ അറിയുന്നു അതായത് മരണത്തിന് മുൻപ് ശരീരം വിട്ടു പോവുക എന്ന് രണ്ട് പ്രകാരത്തിലാണ് ശരീരം വിട്ട് ശരീരത്തിനപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു നിത്യതയായി ശരീരത്തിന്റെ അഭാവത്തിലും തനിക്ക് ഉണ്മയുണ്ടെന്നും എന്നവരറിയുന്നു അതാണ് ഒന്ന് അപ്പൊ അവസാന കാലത്ത് എന്ന് പറയുമ്പം അവസാന ശരീര ഈ ദേഹം ഉപേക്ഷിക്കുന്നതിന് മുൻപും അങ്ങനെയുണ്ട് ഈ അവസാന കാലത്താണ് ശ്രമം നടക്കുക പക്ഷെ ആ ശ്രമത്തിൽ കൂടുതൽ പഠിക്കാനൊന്നും പറ്റില്ലേ ഇപ്പൊ വല്ലാതെ ആശുപത്രിയിലായി അല്ലെങ്കിൽ കിടപ്പിലായി കിടപ്പിലായപ്പോ ഇനി പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയും കുറെ ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ കിടപ്പിലായി കഴിഞ്ഞാലും ടി ഒക്കെ തിരിച്ചു കേൾക്കാം ആ അതൊരു വലിയൊരാശ്വാസമാണ് രണ്ടുപേര് നടുക്കടലിൽ പെട്ടു ചെറിയ കപ്പലിൽ അവര് രണ്ടുപേര് മാത്രമേ ഉള്ളൂ മത്സ്യം പിടിക്കാൻ പോയതാ കര കാണുന്നില്ല ദിശ അറിയുന്നില്ല ഒരു രക്ഷയുമില്ല ദിവസങ്ങളായി വലയുന്നു കുറേ അങ്ങോട്ട് പോകുന്നു കുറെ ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ അവസാനം ഒരുവൻ എന്ത് ചെയ്തു അതിൽ ഒരുവൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മരിക്കാനായി എന്ന് കരുതി കാരണം ഇനി അങ്ങോട്ട് ഒന്നുമില്ല കാരണം കഴിക്കാനും ഒന്നും അറിയുന്നില്ല ഇനി ഏകദേശം ഞങ്ങളുടെ കാര്യം പോക്കാം അപ്പോൾ ഒരു കാര്യം ചെയ്യാം അവസാനമായിട്ട് ഭഗവാനോട് പറഞ്ഞിട്ട് പോവാം ഇനി ഭഗവാനെ രക്ഷപ്പെടാൻ പറ്റും രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറയാം അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം ഒരു കുംഭസാരം തന്നെയായിരുന്നു ഭഗവാനെ ഞാൻ നല്ല കാലത്തൊന്നും അങ്ങേ ഭജിച്ചിട്ടില്ല പിന്നെ അത്യാവശ്യം വേണ്ടാധീനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വല്പം പുകവലി സ്വൽപ്പം മദ്യപാനം ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ തികഞ്ഞ ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ ഈ വേളയിൽ ഞാൻ അങ്ങയോട് പറയട്ടെ അങ് എന്നെ രക്ഷപ്പെടുത്തുന്നുവെങ്കിൽ ഭഗവാനെ ഞാൻ എന്താ പറയാ എന്റെ എന്താ നെഞ്ചു പൊട്ടുമാറ് ഉച്ചത്തിൽ ഞാൻ അങ്ങയോട് പറയുന്നു അങ്ങന്നെ അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി എവിടെയോ ഉണ്ടാവും കേൾക്കുമല്ലോ ഇതാ ഞാൻ അങ്ങയോട് അപ്പഴേ ഈ കൂട്ടുകാരൻ പിന്നെ എന്തൊക്കെയായി പറയണെന്ന് കേൾക്കുന്നു ഇതാ ഞാൻ അങ്ങയോട് ഉച്ചത്തിൽ ഉറപ്പു തരുന്നു സത്യം ചെയ്യുന്നു അങ്ങനെ രക്ഷപ്പെടുത്തുന്നുവെങ്കിൽ ഞാന് ഇനി മുതൽ ഇനി മുതൽ ഇത്തരം എന്ന് പറയുമ്പോഴേക്കും മറ്റവൻ ഓടി എടാ പറയല്ലേ എന്ന് എന്താണ് കര കാണാൻ തുടങ്ങി പറക്കാരെ എത്തിപ്പോയി പിന്നെ പറയാം ഭഗവാനെ ഇതാണ് നമ്മൾ അപ്പൊ പ്രയാണകാല അപീച്ച മാം വിദുഹു അവസാന കാലത്താണെങ്കിലും അവൻ എന്നെ അറിയും അറിയണം അവസാന ഒരു ഭഗവാനെ അറിയ എന്നുള്ളത് ആ ഒരു സ്പാർക്ക് ഒരു പൊരി ഒരു മിന്നൽ അത് എപ്പ വേണമെങ്കിൽ സംഭവിക്കാം എന്ന അതൊരു ഒരു ഉൾക്കാഴ്ചയാണ് അന്തർജ്ഞാനം എന്ന് പറയും അതിന് ഈ ആർജിക്കുന്ന അറിവുകളെല്ലാം സഹായിക്കും കേട്ടിട്ടുള്ളതൊക്കെ ഒരു ശ്രവണ സംസ്കാരം ഉള്ളിൽ വന്നാൽ ചിലപ്പോൾ ഒരു കരിയില്ല മരത്തിൽ നിന്നിങ്ങനെ ആടി വീഴുന്ന ആ ദൃശ്യം തന്നെ അധികമായിരിക്കും ഒരു ഉറുമ്പിൻ്റെ നടത്തം തന്നെ അധികമായിരിക്കും ഒരു ചിത്രശലഭം അതിൻ്റെ ആ തണ്ട് പൂവിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്നത് ധാരാളം ഒരു തവള കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടിയിട്ട് കാലും ഇതൊക്കെ നിവർത്തിയിട്ട് ഊളിയിട്ടിറങ്ങുന്ന കാഴ്ച അധികമധികം അത്ര തന്നെ വേണ്ടിവരില്ല പക്ഷെ എന്താണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു സംസ്കാരം എന്ന് പറയാം അങ്ങനെ എന്നെ അറിയും അങ്ങനെയായിരിക്കും ഈ ലോകം വിട്ട് പോവുക അതുകൊണ്ട് ഭഗവാൻ പറയണു അർജുന ഇവരൊക്കെ എന്നെ പ്രാപിക്കുന്നു ഇവിടെ അതിഭൂതം അതിദൈവം അതിയജ്ഞം ഇങ്ങനെ കുറച്ച് സംഗതിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ഈ സംഗതി ഏതായാലും അർജുനൻ നമ്മുടെ വക്കാലത്ത് ഏറ്റെടുക്കുന്നു അർജുനൻ കോടതിയിൽ അവതരിപ്പിക്കുന്നു ഭഗവാന്റെ മുൻപിൽ നോക്കാം എന്താണ്